സംഗമോ വിയോഗോവാ തുല്യ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും അതെല്ലാം തുല്യമായി തീരും എപ്പോഴും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവുന്നത് ഞാൻ തന്നെയായിരിക്കും ഇപ്രകാരമെല്ലാം ഭഗവാന്റെ വാക്കുകളെ പറഞ്ഞു കൊടുത്ത് ആ ഗോപിയമാരെ ഉത്തവർ സന്തരിപ്പിച്ചു ഇതെല്ലാം കേട്ടപ്പോ ആ ഗോപിയമാരോ ഭക്തി സകലഭുവനീക്ഷിതാവാം ശാത്രോഗിക ുദ്ധമൃഷ്ടോ ഗുരുഭരവതേമാക്തി ഇപ്രകാരമുള്ള സകല സമർപ്പണത്തിന്റെ ഭക്തി എല്ലാറ്റിലും കൃഷ്ണനെ കാണാൻ സാധിക്കുന്ന ഭക്തി എല്ലാം മറന്ന് കൃഷ്ണനിൽ രമിക്കാൻ സാധിക്കുന്ന ഭക്തി സകലഭുവനീ നൈക്ഷിത ബുദ്ധവര് പറയണോ ഞാൻ ഈ ഭൂമിയിൽ എവിടെയും കണ്ടിട്ടില്ലയാണ് എന്ത് കാര്യമുണ്ട് സ്നശ്രുത വേദത്തിന്റെ വേദം എന്തിന് വേദം പഠിക്കണം ഈ ഗോപികമാര് വേദം പഠിച്ചിട്ടുണ്ടോ വാ ശാസ്ത്രേ എന്തിനു വേര് വേദാന്ത ശാസ്ത്രങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും പഠിക്കണം തപസ്സാക്കിയും ഈ ഗോപികമാർക്ക് എന്ത് തപസ് വേണം ഗോപികായേ ഗോപികാഭ്യാനമ ഒന്ന് ചെയ്യൂ ഗോപികമാരെ നമസ്കരിക്കൂ ആ ഗോപികമാര് നേടിയ ഭക്തി നമുക്കും നേടാനുള്ള ഒരു സമർപ്പണ ബുദ്ധി നമുക്ക് വന്നാൽ ശാസ്ത്രവും അതുപോലെ തന്നെ പഠനവും ഒന്നും ആവശ്യമില്ല ഇതൊക്കെ പഠിക്കുന്നതും പൂജ ചെയ്യുന്നതും അമ്പലത്തിൽ പോകുന്നതും എല്ലാം അവസാനം തന്നെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നുമില്ലാതെ തന്നെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഗോപികമാര് ആ ഗോപികമാരുടെ പാതരേണുക്കളെ ഉദ്ധവരെടുത്തുവെന്നാണ് എന്നെ തവണ വെച്ചിട്ട് അദ്ദേഹം തന്റെ ശിരസിലിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത്രേ പന്തേ നന്ദവ്രജസ്ത്രീണം പാതരേണു മഭീഷ്ണ രിഗതോൽഗീതം പുനാദിഭുവനത്രയം പന്തേ നന്ദവ്രജസ്ത്രീണാം പാദരേനു മഭീഷ്ണാം യാസാം ഹരിഗതോൽഗീതം പുനാദിഭുവനത്രയം ഈ ഭൂമിയെ മുഴുവൻ പരിശുദ്ധമാക്കാനുള്ള കഴിവുള്ള ഗോപികമാരുടെ പാതരേനുക്കൾ എടുത്തിട്ടെങ്കിലും ഞാൻ എന്റെ ശിരസിലിട്ട് എന്നെ പരിശുദ്ധീകരിക്കട്ടെ അവരുടെ ഹൃദയത്തിൽ നിന്നും പാടിയ ഗോവിന്ദനാമ സങ്കീർത്തനം കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പരിശുദ്ധീകരിക്കട്ടെ അങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ ഗോപികമാരെ കൃഷ്ണനിൽ അർപ്പിച്ചതുപോലെ ഞാനും അർപ്പിക്കട്ടെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ ഉദ്ധവര് ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയി അങ്ങനെയുള്ള ഗോപികമാരെ ഭക്തിയിൽ ആറാടിച്ച ഗുരുവായൂരപ്പ എന്നെയും രോഗത്തിൽ നിന്ന് അകറ്റി ഭക്തിയിൽ ആറാടിക്കണമേ ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ട് ഉപസംബരിപ്പിക്കുന്നു അതിനുശേഷം പിന്നീട് ഭഗവാൻ അനവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഭഗവാന് ജരാസന്ദനുമായിട്ടുള്ള യുദ്ധം ആരാണി ജരാസന്ദൻ ഭഗവാൻ കംസനെ വധിക്കുമ്പോൾ കംസന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു അസ്ഥിയെന്നും പ്രാപ്തിയെന്നും അവരുടെ പിതാവിന്റെ പേരായിരുന്നു ജരാസന്തൻ മകത ഭരിച്ചിരുന്ന രാജാവ് ആ ജരാസന്തൻ തന്റെ പുത്രി വധിച്ച പുത്രിമാരെ അപലകളാക്കിയതിന് വിധവകളാക്കിയതിന് പ്രതികാരം തീർക്കാൻ കൃഷ്ണനോട് യുദ്ധത്തിന് വന്നു ഓരോ പ്രാവശ്യം യുദ്ധത്തിന് വരുമ്പോഴും കൃഷ്ണനാൽ പരാജയപ്പെട്ട് തിരിച്ചുപോകും അങ്ങനെ പതിനാറ് വട്ടം യുദ്ധം ചെയ്തു പതിനാറ് പ്രാവശ്യമായപ്പോഴേക്കും ഭഗവാന് തോന്നി ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ഈ മധുര എന്നും യുദ്ധം അതുകൊണ്ടി താമസം മാറ്റണമെന്ന് അങ്ങനെയാണ് ഭഗവാൻ മധുരയിൽ നിന്നും ദ്വാരക എന്ന് പറയുന്ന ഗുജറാത്തിനടുത്തുള്ള ദ്വീപ് കണ്ടെത്തിയത് അവിടെ ഭഗവാൻ അതിമനോഹരമായ കൊട്ടാരവും ഒരു പ്രത്യേക ഭരണ മന്ദിരം അതിനെപ്പറയും സ്വതാമ എന്ന് പറയും എല്ലാം നിർമ്മിച്ച് എല്ലാവരെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവസാനം പോകുന്നതിന് മുമ്പ് ഭഗവാനും കുറത്ത് സൈന്യങ്ങളും പോകാനുണ്ട് മലരാമസ്വാമിയും ഭഗവാനും ബാക്കിയെല്ലാവരൊക്കെ പോയിക്കഴിഞ്ഞു അപ്പോഴാണ് ജരാസന്ദൻ പതിനെട്ടാമത്തെ തവണ യുദ്ധത്തിന് വരുന്നത് ആ സമയം യുദ്ധത്തിന് വന്ന സമയത്ത് ഭഗവാൻ ഒരു ഭീരുവരെ പോലെ ഓടിയെന്നും ഒരു ഗുഹയിലൊളിച്ചുവെന്നും അവിടെ വെച്ച ഭഗവാൻ കാലയവനൻ എന്ന് പറയുന്ന ഒരു രാജാവ് ജരാസന്ദന്റെ കൂടെ ഭഗവാനെ കൊല്ലാൻ വന്നിരുന്നു അവനെ മുജുകുന്ദൻ എന്ന് പറയുന്ന ശ്രീരാമസ്വാമിയുടെ പിതാമഹന്മാരും പിതാമഹനായ ആളെ കൊണ്ട് വധിച്ച് ആ കാലയവനെ വധിച്ച് മുജുകുന്ദനെ അനുഗ്രഹിക്കുന്നതും ജരാസന്ദനെ കണ്ട് ഭീരുവായി ഊടുന്നതും ദ്വാരകെരുത്തുന്നതുമായുള്ള കഥയാണ് ദശകം എഴുപത്തിയേഴിൽ പറയുന്നത് ആവാസം തൊതുമഗമോത്സവം സദൈവ ായ അങ്ങനെയിരിക്കെ ഭഗവാൻ ഉദ്ധവർ മടങ്ങിയെത്തിയതിനു ശേഷം ഒരു ദിവസം ഭഗവാൻ ഉദ്ധവരുടെ കൂടെ സൈരന്ദ്രിയുടെ വീട്ടിൽ പോവാൻ ശരി എന്ന് പറഞ്ഞു നേരത്തെ ത്രിവക്രയായിരുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവളെയാണ് സൈരന്ദ് എന്ന് വിളിക്കുന്നത് അവളുടെ ഗൃഹത്തിൽ പോയി അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൈരന്തിരി ആവാസം സലിതം ഉദ്ധവേനയ സാർദ്ദം കൂടെ അങ്ങോട്ട് പോയി എന്നിട്ടോ ൂർണ മനോരഥം പ്രമദസം പ്രഭയോദരാം മുത രഹസിതം രമയാൻ ചൃഷേ സുഖം ഭഗവാനെ കണ്ടതിൽ ആനന്ദ സംഭ്രമം കൊണ്ട് ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് തന്റെ മനോരഥം സാക്ഷാത്കരിച്ചതിൽ ഭഗവാനുമൊത്ത് അവൾ രമിച്ചു എന്നാണ് മുതാ സുഖം രമയാൻ ചകൃഷി ഭഗവാനുമൊത്ത് അവൾ സന്തോഷത്തോടെ രമിക്കാൻ തുടങ്ങി പൃഷ്ടാവരം പുനരസോ അവൃണോധരാഗി ഭൂയസ്ഥയാരതമേവ നിശാന്തരേഷു സായുധ്യമസ്ഥിരിവതേവ കാമം സാമിപ്യമസ്വനിശമിത്യന ഭ്രവിക്കും അങ്ങനെ അവളോട് ഭഗവാൻ അവിടെ പോകുന്ന സമയത്ത് പുനഃ വരം പൃഷ്ട എന്താ വരം വേണ്ടെന്ന് വെച്ചു അപ്പൊ അവള് പറഞ്ഞ വരം എന്നറിയോ നിശാന്തരേഷു ത്രയാരതം ഏവ ആവൃണോ എനിക്ക് ഇനിയും ഇങ്ങനെ രാത്രികളിൽ അങ്ങയുടെ കൂടെ ലഭിക്കണമെന്ന് അവൾക്ക് സായുധ്യം അസ്തു ഇത് വധേ അവൾക്ക് സായുധ്യം വേണമെന്ന് അവൾ പറഞ്ഞില്ല അവൾ സാമിധ്യം അസ്തു അത്രയേ പറഞ്ഞുള്ളൂ പാവം എന്ത് പറയാനാണ് ഭഗവാന്റെ കൂടെ ഇരിക്കണം എന്ന് അവൾ പറഞ്ഞത് ഭഗവാനിലേക്ക് ചേരണം എന്ന് അവൾക്ക് തോന്നിയില്ല എന്താണ് അങ്ങനെ പറയാൻ തോന്നിയത് എന്ന് പറയാണ് തതോ പവൻ ദേവനിശാസുരശന്തം വിനോദയം അങ്ങനെ ഭഗവാൻ അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവളുടെ കൂടെ രമിച്ചുകൊണ്ട് അവൾക്കൊരു പുത്രനെ കൊടുത്തു ഉപശ്ലോകൻ എന്നായിരുന്നു ആ പുത്രന്റെ പേര് അയാള് നാരദനിൽ നിന്നും പഞ്ചരാത്രാദി തന്ത്രവിദ്യകളൊക്കെ പഠിച്ചെടുത്തു എന്ന് പറയാണ് എന്നിട്ട് അക്രൂരമന്തിരമിതോതോ അഭ്യർത്ഥിതോ ഉപകുണതോ മുതി അങ്ങനെ ഭഗവാൻ ഒരിക്കൽ അക്രൂരരുടെ വീട്ടിലെത്തി ബലരാമസ്വാമിയോടും ഉദ്ധവരോടും കൂടി അക്രൂരമന്തിരമിത മുതിതേന അഭ്യർത്ഥിത ഭഗവാനെ സ്വീകരിച്ചു ഭഗവാനെ നമസ്കരിച്ചു പറഞ്ഞു പാണ്ഡവേ വൃത്തം പാണ്ഡവരെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ടല്ലോ കൌരവന്മാര് അവിടെ നിന്ന് ദൂതനായി പോകണം ആ ധൃതരാഷ്ട്രനെ ഉപദേശിക്കണം എന്നെല്ലാം പറഞ്ഞ് ആ ധൃതരാഷ്ട്രനെ ഉപദേശിക്കാനായി ഭഗവാൻ അക്രൂരമ്മാവനെ പറഞ്ഞയച്ചു നസ്തനപുരത്തിലേക്ക് എന്നിട്ടോ പിമാ പരമസുഖതോ ബോജനപദേവതിരുഷാന്തേതമുരാം രഥാദേ കലസ്തംബലുധ പിന്നീട് ഭോജരാജാവായ കംസന്റെ ആ ഭാര്യമാരെ മരിച്ചതിൽ കോപാന്തനായിരുന്ന ജരാസന്ദൻ മധുരാപുലിയെ അക്രമിക്കാൻ നിശ്ചയിച്ചു ജരാസന്ദേരന്തേന്ദി അക്രമിക്കാൻ നിശ്ചയിച്ചപ്പോ ഭഗവാൻ ദീതു ബലരാമസ്വാമിയോട് സഹിതം ദേവലോകത്ത് കിട്ടിയ രഥങ്ങളും സാരഥിയും കൊണ്ട് അവിടെ യുദ്ധത്തിനൊരുങ്ങി അങ്ങനെ ജനാസന്ദൻ കൊണ്ടുവന്ന ത്രയോവിംശിണി ഇരുപത്തിമൂന്ന് അക്ഷൌഹിണി പടയും ഭഗവാൻ സംഹരിച്ചു എന്നിട്ടോ ബദ്ധം ബലാദത ബലോത്തരം ത്യോ ബലോദ്യമേനോനം നിശേഷമാഹൃതവിശ്വി ബലപൗരുഷവാം അങ്ങനെ ബലരാമസ്വാമിയാൽ ബന്ധിക്കപ്പെട്ട ജരാസന്തനെ ഭഗവാൻ കൊല്ലാതെ വിട്ടു പറഞ്ഞു ജ്യേഷ്ഠ കൊല്ലണ്ട കാരണം ഇവൻ കാരണം ഗുണമുണ്ട് എന്താ ഗുണം ഇവൻ മറ്റുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ടുവരൂ അങ്ങനെ ഭൂഭാരം തീർക്കാൻ ഇവനൊരു നിമിത്തമാവും ഇവൻ കൊണ്ടുവരെയൊക്കെ നമുക്ക് ശരിയാക്കാം അപ്പ ഇവനെ വിട്ടേക്ക് അങ്ങനെ ഓരോ പ്രാവശ്യവും അവനെ വിട്ട് വെട്ട് വെട്ട് ആ ജരാസന്ധനേക്കാൾ ശക്തരായിട്ടുള്ള അന്ന് വേറെ ശക്തരായിട്ടുള്ള ആളുകളൊന്നുമില്ല അവന് ആളുകൾ കൂട്ടാളികളായിട്ടുള്ള ആളുകളെയൊക്കെ ഭഗവാൻ വധിച്ച് അങ്ങനെ ഭൂമിയുടെ ഭാരം തീർക്കാൻ തുടങ്ങി എന്നിട്ടോ ഭഗ്ന ഹൃദയോപി നിർഭയിപ്പെടുന്നു യുദ്ധം തയാ വിരുത ഷോടകൃത്യേവം അക്ഷൌണി ശിവശിവാസ്യ ജനന്തവിഷ്ണോ തദാനീ അങ്ങനെ ഭഗവാൻ അവനെ പരാജയപ്പെടുത്തി ഓരോ പ്രാവശ്യം പറഞ്ഞേക്കുമ്പോഴും ഇങ്ങനെ ഏറെക്കുറെ ഷോഡചകൃത്യ യുദ്ധം വിരുത പതിനാറ് വട്ടം യുദ്ധം ചെയ്തു നേരത്തെ വട്ടം എന്ന് പറഞ്ഞു ഇനി പതിനെട്ട് വട്ടമില്ല പതിനാറ് വട്ടം യുദ്ധം ചെയ്തു എന്നിട്ടോ ആ പതിനാറ് വട്ടം ചെയ്തിട്ട് പിന്നീട് അവന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അക്ഷൌഗണിപ്പടകളെ നശിപ്പിച്ചു എന്നാണ് എന്നിട്ടോ അഷ്ടാദശോസ്യ സമരേ സമുപേത്വം ദൃഷ്ടാപുരോനം യവനത്രികോട്ട്യാവിധാപ്യപുരമാശപയോധിമത്തെ തത്രാദയോഗ്യ അങ്ങനെ ഭഗവാന്റെ നേരെ പതിനെട്ടാമത് യുദ്ധത്തിന് അവൻ വന്നു പതിനേഴാമത്തെ യുദ്ധത്തിലും ഭഗവാൻ തോൽപ്പിച്ചു പതിനെട്ടാമത്തെ യുദ്ധത്തിൽ വന്നപ്പോ അവൻ മൂന്ന് കോടി സൈന്യങ്ങളായിട്ട് യവനൻ എന്ന് പറയുന്ന രാജാവിന്റെ കൂടെ വന്നപ്പോ കാലയവനെ കണ്ടിട്ട് ഭഗവാൻ ആലോചിച്ച് അവിടെ നിന്ന് ഓടുകയാണ് അതിനു വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രമധ്യത്തിൽ ദ്വാരക നിർമ്മിച്ചിട്ടുണ്ട് ഭഗവാൻ അവിടെ ഓടുകയാണ് എങ്ങോട്ടാണ് മതസുഖതവിഹീന ശൈലേ ശൈലീ സ്വപ്തന്ദേനസ്മീഗതേസ്മേ ഗുഹാന്തവുഷ അസ്തിമമാലീ ഭഗവാൻ ഒരു പത്മമാല താമരപ്പൂവിന്റെ മാല കഴുത്തിലിട്ടുണ്ട് പുരാ നിർഗത ഭഗവാൻ എന്ത് മധുര പട്ടണത്തിൽ നിന്നും ഓടാൻ തുടങ്ങി ചകിദൈവ ഭയപ്പെട്ടവനെപ്പോലെ ജലാസന്ദനെയും അവന്റെ കൂടെ വന്ന യവനൻ യവനനെയും പേടിച്ചുകൊണ്ട് ഭഗവാൻ ഓടാൻ തുടങ്ങി ഓടിയിട്ടോ ഭഗവാൻ അവിടെ നിന്ന് പദ്ാന്താവന ഓടിക്കൊണ്ട് അവനാണെങ്കിലോ മ്ളേച്ചസേനിയാത വസ സുഹൃതവിഹീന വധസുഖതഹീന അങ്ങയുടെ കൈകൊണ്ട് മരിക്കാനുള്ള സുഹൃതം അവനുണ്ടായിരുന്നില്ല ഭഗവാൻ എന്ത് ചെയ്തു അവിടെ നിന്നും ഉള്ളിലേക്ക് ഓടിയപ്പോ ആ ഗുഹയിൽ അങ്ങാണ് കിടക്കുന്നത് കണ്ടപ്പോ അവൻ തെറ്റിദ്ധരിച്ചൊരു ചവിട്ടിയോട്ടി ആ ചവിട്ടിൽ ഉണർന്നത് അഖ്യാഹതേന മുജുകുന്തേന അവിടെ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു അയാളുടെ പേര് മുജുകുന്തൻ ആയിരുന്നു അയാള് ഉടനെ തന്നെ ഇവനെ ഭസ്മമാവട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു ഇപ്രകാരം ഭഗവാൻ ആ ഭസ്മമായി മാറുന്ന യവനന്റെ വെളിച്ചത്തിൽ ശങ്കരക്ര കഥാരൂപത്തിൽ നിന്നുകൊണ്ട് മുജുകുന്ദന് ദർശനം കൊടുത്തുവെന്നാണ് ആരാണ് ഈ മുജുകുന്ദൻ പറയുന്നുഗോഹം വിരക്തോസ്മൃലനവസുഖീൽപ്രസാകാക്ഷീ ആ ദേവീതിസ്തുവന്തം നിരവധി ദശുതം നിസ്പൃഹം വീച്യഹൃഷ്യൻ മുക്തിലാധക്തി ഹൃതസകലമല മോക്ഷമപ്യശുദാര്യം ഹിംസാ വിശുദ്ധി നവൈതിസതാ രാത്തലോക പ്രതീതി ആരാണവിടുന്ന് ഭഗവാനോട് പറയുന്നു ഐച്ഗോഹം ഞാൻ ഇഷ്വാകുവംശത്തിൽ സൂര്യവംശത്തിൽ വന്നവനാണ് പേര് മുജുകുന്ദൻ എന്നാണ് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു ദേവേന്ദ്രനെ പണ്ട് യുദ്ധത്തിൽ സഹായിച്ചപ്പോ ദേവേന്ദ്രൻ വിജയിച്ച സമയത്ത് ഉറക്കൊഴിഞ്ഞുള്ള യുദ്ധത്തിൽ എനിക്ക് ഉറങ്ങാനൊരിടം വേണമെന്ന് പറഞ്ഞപ്പോ ഈ ഗുഹയിൽ വന്ന് കിടക്കാൻ പറഞ്ഞു ആരെങ്കിലും ഉറക്കത്തിൽ എന്നെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ആ ശല്യപ്പെടുത്തവൻ ഭസ്മമായി തീരും എന്നുള്ളൊരു വരവും തന്നിട്ടാണ് പറഞ്ഞ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവൻ എന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയപ്പോ ഇവൻ ഭസ്മമായി തീർന്നു ഇനി എനിക്ക് വേണ്ടത് സ്മൃഗിലേ ഗകാംക്ഷേ അങ്ങയുടെ പ്രസാദം അത് മാത്രമേ ഇനി ആഗ്രഹമുള്ളൂ എന്റെ മനസ്സ് അവിടുത്തെ പാതാരവിന്ദ്രൽ ലയിക്കണം വരവിദുഷിതം സ്മൃഗന്ധം ഭഗവാൻ അവന്റെ സ്തുതിയെല്ലാം കേട്ട് അത്യന്തം പ്രീതനായിട്ട് മുക്തേ തുല്യം അങ്ങനക്ക് ഭക്തി സുദൃഢമായ ഭക്തി ഉണ്ടാവട്ടെ എന്നിട്ട് അവസാനം ആ ഭക്തിയിലൂടെ മുക്തിയും കൈവരട്ടെ മോക്ഷമത്യാശതത്വ മോക്ഷവും കൈവരിക്കാൻ സാധിക്കട്ടെ അതുവരെ ഹിംസാവിശുദ്ധി ഈ മനസ്സ് എല്ലാവിധത്തിലുള്ള ഹിംസകളിൽ നിന്ന് മുക്തമാവാൻ തപയിരിത സൽസംഗമാകുന്ന തപസ് ചെയ്തുകൊണ്ട് സൽസംഗത്തിലൂടെ തന്നെ മനസ്സിനെ ആ തപസ്സിലൂടെ തന്നെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ഭക്തി കൈവരിച്ച് മുക്തിയിലേക്ക് ഉയരാൻ ഭഗവാൻ അനുഗ്രഹിച്ചുവെന്നാണ് ഇപ്രകാരം മുച്ചുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് അതിനുശേഷം ഭഗവാൻ തദനമധുരാം ഗം യവനാഹൃദപതിരേവ നിവാരിതാ ശരമവിജയം ദർപ്പയാസ്മൈ പ്രതായ പലായതോ ജലനിധി ഇപ്രകാരം ഭഗവാൻ പിന്നീട് മധുരയിലേക്ക് കടന്ന് ആ യവനൻ കൊണ്ടുവന്ന സൈന്യത്തെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഭഗതരാജാവായ ജരാസന്ദന്റെ സൈന്യങ്ങളെയൊക്കെ ഭയന്ന് ഭഗവാൻ അവിടുന്ന് ഒരു മലയുടെ മുകളിലോടി പുഴയിലേക്ക് ചാടിക്കൊണ്ട് അവിടുന്ന് പലായനം ചെയ്ത് ദ്വാരകയിലെത്തിച്ചേർന്നു ഇപ്രകാരം ഗുരുവായൂരപ്പ ആ യവനനെ വധിച്ച് ജനാസന്ദനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഉയർന്ന ഗുരുവായൂരപ്പ മുജുകുന്ദനെ അനുഗ്രഹിച്ചു ഗുരുവായപ്പ എന്നെയും വാദരോഗത്തിൽ നകറ്റി അനുഗ്രഹിക്കേണമേ എന്റെ ഉള്ളിലും ശത്രുവായിരിക്കുന്ന വാദരോഗമാകുന്ന യമനെ അവിടുന്ന് നശിപ്പിച്ചുകൊണ്ട് എനിക്കും ഭക്തിയുടെയും മുക്തിയുടെയും അനുഗ്രഹം തന്നുഗ്രഹിക്കേണമേ എന്ന് പറഞ്ഞ് വളരെപ്പാട് ഉപസമിരിപ്പിച്ചു ഇനിയാണ് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന ആ കാലം വരുന്നത് ദ്വാരകയിൽ വസിക്കുമ്പോഴാണ് ബലരാമസ്വാമി രേവതീദേവിയെ കല്യാണം കഴിക്കുന്നത് അതിനുശേഷം പിന്നീട് ഭഗവാൻ രുക്മിണീദേവി വിവാഹം കഴിക്കുന്നു കാര്യം െട്ടാമത്തെയും എഴുപത്തിയൊൻപതാമത്തെയും ദശകത്തിലൂടെ ഭട്ടതിരിപ്പാട് അറിയിക്കുകയാണ് ഇനി നമ്മൾ രുക്മിണി സ്വയംവരത്തിലേക്ക് പ്രവേശിക്കണം ത്രിദശവർദ്ധകി വർദ്ധിതകൗശലം സമസ്ത വിഭൂതിമ ജലതി മധ്യം തമഭൂഷയോ നവപുരം പുരഞ്ജിത വളരെ മനോഹരമായ ആ ദ്വാരകയിലെ ത്രിപതവർദ്ധകി വർദ്ധിതകൗശലം എന്ന് പറഞ്ഞാൽ വിശ്വകർമാവിനാൽ ശില്പ വൈദഗ്ധ്യം കാണിച്ചുകൊണ്ടുണ്ടാക്കിയ ദേവന്മാരാൽ സമർപ്പിതമായ അതിസുന്ദരമായ ജലധിമദ്യഗതം ജലത്തിന് മദ്യമായി മദ്യത്തിലിരിക്കുന്ന നവപുരം ആ ദ്വാരകയിൽ ഭഗവാൻ ദേഹകാന്തി കൊണ്ട് അവിടെ ശോഭിച്ചു എന്ന് പറയുകയാണ് എന്നിട്ടോ തേവൃതിരേവതി അങ്ങനെ രേവത രാജാവ് തന്റെ പുത്രിയായ രേവതിയെ വിധിശാസനാൽ ഹലബൃദേഷി ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പറഞ്ഞുള്ള കഥ ബ്രഹ്മാവിനെ കാണാൻ പോയി എന്നുള്ള കഥകളൊക്കെ അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ആ രാജാവ് തന്റെ പുത്രിയെ ആർക്ക് കല്യാണം കഴിച്ചുകൊടുത്തു ബലരാമസ്വാമിക്ക് കല്യാണം കഴിച്ചുകൊടുത്തു എല്ലാവരും കൂടി ചേർന്ന് ഭഗവാൻ യാദവീ സഹ ഉത്സവാഘോഷം ഭഗവാൻ കൃഷ്ണൻ ജ്യേഷ്ഠന്റെ വിവാഹം യാദവന്മാരോടൊന്നിച്ച് ഗംഭീരമായ ആഘോഷിച്ചൊന്നിനൊരു കുറവ് വരുത്തിയില്ല എന്നിട്ടോ അങ്ങനെ ഇരിക്കെർ പ്രണയിനിവ സഹോദര സ്വതമസാ തമസാധുമുശ്രയം ഇനി ഭഗവാന്റെ വിവാഹം പറയാൻ തുടങ്ങിയാണ് പണ്ട് ഭീഷ്മകൻ എന്ന് പറയുന്ന വിദർഭാധിപതിയായ രാജാവ് അഞ്ചാൺമക്കളും ഒരു പെൺകുട്ടിയുമുള്ള രാജാവ് ആൺകുട്ടികളിൽ ഒരെണ്ണത്തിലും ഭഗവൻ ഭക്തി വേണ്ടത്രണ്ടായിരുന്നില്ല എന്നാൽ രുക്മിണിയാവട്ടെ കുട്ടിക്കാലത്തെ അമ്പാടിക്കണ്ണന്റെ വൃന്ദാവനക്കണ്ണന്റെ കഥകൾ കേട്ട് ഗുരുവായൂരപ്പനിൽ തന്നെ മനസ്സ് വച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭഗവാനെയല്ലാതെ മറ്റൊരാളെയും വിവാഹം കഴിക്കില്ല എന്ന പ്രതിജ്ഞ മനസ്സുകൊണ്ടെടുത്ത് അങ്ങനെ കാലം മുന്നോട്ടു പോകുന്ന സമയത്ത് വിവാഹപ്രായമായപ്പോ പത്ത് പതിനഞ്ച് വയസ്സായ അന്ന് വിവാഹമാണല്ലോ ആ സമയമായപ്പോ അച്ഛനും അമ്മയ്ക്കും വിരോധം തയിരുന്നില്ല അവരും കരുതി കൃഷ്ണന് കല്യാണം കഴിച്ചു പക്ഷേ സഹോദരന്മാരിൽ മൂത്തവനായ രുക്മി അങ്ങോട്ട് എതിർത്തു സമ്മതിച്ചില്ല പറഞ്ഞു ഒരു മര്യാദയും കൃഷ്ണൻ സംസ്കാരമില്ലാത്തവനായി കൃഷ്ണനെ താഴ്ത്തി കാരണം പശുക്കളെ കൊണ്ടു നടക്കുക അതുപോലെ ഗോപികമാരുന്റെ വസ്ത്രം അപകരിക്കുക ഈ കഥകളൊക്കെ അയാളും കേട്ടിട്ടുണ്ട് ഗോപികമാരുടെ കൂടെ രാത്രി നൃത്തമാടുക ഇതൊക്കെ സംസ്കാരമുള്ളവരുടെ ജോലിയാണോ ആരെങ്കിലും ചോദിക്കുകയാണ് അളിയന്റെ ജോലി എന്താണെന്ന് ഇതൊക്കെ പറഞ്ഞാൽ മോശമല്ലേ ഇങ്ങനെയൊരു സംസ്കാരമുള്ള ഒരാൾക്കാണോ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എതിർത്തുകൊണ്ട് തന്റെ സുഹൃത്തായ ശിശുപാലന് കല്യാണം കഴിച്ച് നിശ്ചയിച്ചു പറയാണ് ചെയ്തി മഹീ ആണ് ശിശുപാലൻ ആ ശിശുപാലന് തന്നെ തന്റെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചുവെന്നാണ് അതോ രുക്മിണിയോട് ചോദിക്കാതെ നിശ്ചയിച്ചുവെന്നാണ് അപ്പോഴോ ചീരാദ്രണയാ സമാകുലേം സ്വകഥനം ഈ വിവരം കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പാണ് പാവം രുക്മിണി ദേവി അറിയുന്നത് അത്യന്തം പരവശയെ തീർന്നു ഈശ്വര ഇങ്ങനെയൊരു പരീക്ഷണമുണ്ടോ എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം പക്ഷെ എന്റെ സഹോദരൻ ചേർന്ന് എന്നെ ശിശുപാലന് കൊടുക്കുന്നുവല്ലോ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിലേക്ക് സാധാരണ കൊട്ടാരത്തിൽ കടന്നുവരുന്ന ഒരു ബ്രാഹ്മണൻ അന്ന് കടന്നുവന്നു ബിജമാതിശൽ ബ്രാഹ്മണൻ വന്നപ്പോ സ്വകഥനം കഥനം കവി നിർമ്മിതം ആ ബ്രാഹ്മണന്റെ അടുത്ത് തന്റെ വേദനകളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് എന്റെ അവസ്ഥ അവിടെ എന്നെ എന്നെ കൃഷ്ണനിലേക്ക് എത്തിക്കണം കൃഷ്ണന്റെ ഇതാക്കിത്തീർക്കണം അവിടെ നിന്നെ സഹായിക്കണമെന്ന് ആ ബ്രാഹ്മണന്റെ മുന്നിൽ തന്റെ വേദനകൾ അറിയിച്ചപ്പോ ആ ബ്രാഹ്മണൻ ദേവിയോട് ഒരു സന്ദേശം തയ്യാറാക്കിത്തരാൻ പറയുകയാണ് ഉടനെ ദേവിതോ വിചർണമുപായൂരം ആ വിജസ്സുതൻ സന്ദേശവും കൈപ്പറ്റിക്കൊണ്ട് അതിവേഗത്തിൽ തൂർണമുപായവും ഭഗവാന്റെ ദ്വാരകയിലേക്ക് പ്രവേശി കടന്നുവെന്നാണ് അവിടെ എത്തിയപ്പോഴോ ഭഗവാൻ മുതമബാപ്പ വളരെ സന്തോഷത്തോടെ സാദരപൂജിത ഒരു ബ്രാഹ്മണന് കൊടുക്കേണ്ട സകല ആദരവും കൊടുത്തുകൊണ്ട് ഭഗവാൻ ആ ബ്രാഹ്മണ പുത്രനെ അനുഗ്രഹിച്ച് സേവിച്ചപ്പോ ചോദിക്കുകയാണ് എവിടുന്നാണ് അവിടുന്ന് വരുന്നത് എന്താവോ അങ്ങയുടെ മനസ്സിൽ മുഖത്ത് ഒരു വിഷമമുണ്ടല്ലോ എന്താ പറയൂ ബ്രാഹ്മണ അവിടുത്തെ രാജ്യത്തിന്റെ രാജാവ് വേണ്ട പോലെ കാര്യങ്ങൾ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനെ ഒരു സന്ദേശവുമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ വേദനയായിട്ടാ വന്നിരിക്കുന്നത് എന്താണാ സന്ദേശം ഭഗവാനെ അങ്ങിക്കറിയുന്നതാണല്ലോ കുണ്ടിനം എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തെ വിദർഭാധിപരിയായിരിക്കുന്ന ഭീഷ്മകന്റെ പുത്രി രുക്മിണി ദേവിയെ അങ്ങയിൽ മനസ്സ് അവളുടെ മനസ്സ് അങ്ങയാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു പാവം അവളെ ഇന്ന് ചൈത്യരാജാവിന് ശുശുപാലിന് കൊടുക്കാൻ സഹോദരൻ നിശ്ചയിച്ചിരിക്കുകയാണ് അവനെയാണ് ഭഗവാനെ ആരുമില്ലാത്തവളാണ് സഹായിക്കാൻ അങ്ങയിൽ തന്നെ അർപ്പിക്കപ്പെട്ട മനസ്സുള്ളവളാണ് അതുകൊണ്ട് അങ്ങ് അവളെ രക്ഷിക്കണമെന്ന് സ്വീകരിക്കണമെന്ന് അവൾ എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ് അവളൊരു സന്ദേശം തന്നിട്ടുണ്ട് ഭഗവാന്റെ കയ്യിലേക്ക് ആ സന്ദേശം ആ ബ്രാഹ്മണൻ പുത്രൻ കൊടുക്കുകയാണ് എന്താണത് തവ ഹൃദോസ്മി പുരൈവ ഗുണീരഹം ഏ ഗുരുവായൂരപ്പ കൃഷ്ണ അവിടുത്തെ ഗുണങ്ങൾ പണ്ട് തന്നെ എന്റെ മനസ്സിനെ അപഹരിച്ചിരിക്കുന്നു ഇന്ന് എന്റെ മനസ്സിൽ അങ്ങ് മാത്രമേയുള്ളൂ പക്ഷേ ഇന്ന് എന്റെ സഹോദരൻ ചെയ്തി നൃപമാം ചേതിരാജ അവന് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഹേ പാലയ മാം പാലയ പാലയ കരുണാസിന്ധു ആയിരിക്കണം ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും രക്ഷിച്ചാലും ജഗത്തിന്റെ പതിയല്ലേ എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് പ്രയാസം എന്നിങ്ങനെ ശുവാൻ ഭുവനസുന്ദര സൃണകർണവിവരേ ഹരതോ ഹരദോങ്കതാപം രൂപം ദൃശം ഗ്ലാത്തലാപം തൊയ്യുതാ വിശതി ചിത്തമപത്രഭം അവിടുത്തെ ഗുണങ്ങൾ കേട്ടുകൊണ്ട് ഹരതും കതാപം എന്റെ എല്ലാ താപത്തെയും ഇല്ലാതെയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഭഗവാനെ അച്യുതാ വിശദി ചിത്തം എന്റെ ചിത്തം മുഴുവൻ അച്യുതാ അങ്ങയിൽ ആവേശിച്ചിരിക്കെയാണ് അതുകൊണ്ട് അവിടെ നിന്നെ എന്നെ കൊണ്ടുപോകണം ഹേ ഭുവനസുന്ദര അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല എന്നിപ്രകാരം ദേവി പറഞ്ഞുകൊണ്ട് പറയുന്നു അശരണം ോൽ സുഹൃദയം ഹൃദയം തമകാദരം അശരണാം മാം എന്ന ഉപേക്ഷസേ അശരണയായ എന്നെ ഉപേക്ഷിക്കരുത് അങ്ങ് മാത്രമേ എനിക്ക് ശരണമായിട്ടുള്ളൂ ഇനി അങ്ങനെ ചെയ്താൽ യതി അഹം തപതി ജീവിതം ജഹാമി ഞാനെന്റെ ജീവൻ വെടിയും കൃഷ്ണ എനിക്കിനി ജീവിക്കാൻ മോഹമില്ല അങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട ഇപ്രകാരമെല്ലാം പറഞ്ഞ് ആ ബ്രാഹ്മണപുത്രൻ വായിച്ചപ്പോ ഭഗവാന്റെ ഹൃദയവും തവ ഹൃദയം പ്രശം കാതരം പ്രേവത്താൽ ഭഗവാന്റെ ഹൃദയം നിറഞ്ഞു ഭഗവാൻ പറഞ്ഞു എങ്കിൽ ബ്രാഹ്മണ ഇനി കാത്തിരിക്കേണ്ട എന്നിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ഞാനും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ രുമിണിയെ ഇനി കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് അകഥയ സ്തമതീനമേ സഖേ തദതി കാമമതേദന ണ സത്യം പറഞ്ഞാൽ ഞാൻ അതിലേറെ മന്മത വേദനയിലാണ് രുക്ിണിയെക്കുറിച്ച് ഞാൻ കുറെ നാളായി കേൾക്കേണ്ടായിട്ട് എനിക്കും അവളോട് അത്രമാത്രം അനുരാഗമുണ്ട് എനിക്കും അത്രമാത്രം അവളോട് പ്രേമുണ്ട് അതുകൊണ്ട് ഇനി അവളെ ഞാൻ കൈവിടില്ല അഹം ഉപേറ്റ എല്ലാ നപന്മാരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവളെ ഹരിശ്യാമി തട്ടിക്കൊണ്ടുവരുന്നുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്ത് ബ്രാഹ്മണ ഇനി പ്രമോദിതേന ചതേന സമം തഥകൊണ്ടിനുനായകമേവാൻ തനുദാം നിഖിലാപദാം രുക്മിണി ദേവിയെ കൊണ്ടുവരും എല്ലാവരുടെ മുന്നിൽ വച്ച് എന്ത് പ്രതിജ്ഞ ചെയ്ത് ആ ബ്രാഹ്മണനോട് പറഞ്ഞു നമുക്ക് എത്രയും വേഗം പുറപ്പെടാമെന്ന് അങ്ങനെ സമം രഥേന ലഘു കൊണ്ടിനാൻ രണ്ടുപേരും വേഗത്തിൽ അതിവേഗതയില്ല അവിടെ നിന്നും കുണ്ടിനമെന്ന് പറയുന്ന ഭീഷ്മക രാജ്യത്തിലേക്കെത്തി അങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്ന ഗുരുവായപ്പ രുമിണീ ദേവിയെ കൊണ്ടുവരാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ടുപോയ ഗുരുവായപ്പ എന്റെ മനസ്സിനെയും അങ്ങയിലേക്ക് ഉയർത്തേണമേ എല്ലാ ലോകത്തിൽ നിന്നും എന്നെ മുക്തമാക്കേണമേ എന്ന് പറഞ്ഞപ്പെട്ടതിരിപ്പാട് ഉപസമരിപ്പിച്ചു ഇനി രുക്മിണിയെ ഭഗവാൻ അപഹരിക്കുന്ന കഥയാണ് ദശകത്തിൽ പറയുന്നത് അങ്ങനെ ഭഗവാൻ ഭീഷ്മകരാജാവിന്റെ കൊട്ടാരത്തിലെത്തുന്ന സമയത്ത് ബലരാമസ്വാമിയുടെ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബലരാമസ്വാമി ഇതെല്ലാം കൊട്ടാരത്തിലെ കാവൽക്കാരെന്ന് അറിയുന്നത് ഭഗവാൻ പോയിരിക്കണോ ഉടനെ സൈന്യത്തെയും കൊണ്ട് പുറപ്പെട്ടു ബലരാമസ്വാമി കാരണം എന്തെങ്കിലും അപകടം അവിടുണ്ടാവും ശിശുപാലം തുടങ്ങിയവർ സൈന്യങ്ങളായിട്ടവൻ വരിക യുദ്ധമുണ്ടാവും ഭഗവാൻ ബലരാമസ്വാമിയും പുറകിലെത്തി ഭഗവാൻ കൃഷ്ണൻ ഭീഷ്മക രാജാവിന്റെ കൊട്ടാരത്തിലെത്തുമ്പോൾ തൊട്ട പറഞ്ഞ ജ്യേഷ്ഠൻ ഭഗവാൻ കൃഷ്ണന് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഇങ്ങോരെന്തിനാകോ വന്നതെന്ന് ഇനി ലെറ്ററിന്റെ കോപ്പി വരും പക്ഷേ ഇനി കൃഷ്ണൻ അല്ലെങ്കിൽ വേറൊരാൾ അതൊക്കെ ഉണ്ടാവുമോ പക്ഷേ ബലരാമസ്വാമിക്ക് മനസ്സിലായി കൃഷ്ണൻ അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവുമെന്ന് കൃഷ്ണനോട് പറഞ്ഞു സഹായിക്കാൻ വന്നതാ കൃഷ്ണ എനിക്ക് അങ്ങനെയുള്ള യാതൊരു വേണ്ടാത്ത വിചാരമില്ല ഓ ജ്യേഷ്ഠനെ കൈകൂപ്പിത്തൊഴുതുക അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അങ്ങനെയാണ് സ്നേഹമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ഭീഷ്മകൻ വന്ന് അവരെ രണ്ടു സ്വീകരിച്ചുകൊണ്ട് അവിടെ വേണ്ട വിധത്തിലുപചാരങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവരെരുത്തി അതിന് പുറമെയോ ദേവിയാണെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസമാണ് കല്യാണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കയാണ് ആദ്യം ദേവീക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് രാത്രിയിലാണ് വിവാഹ ചടങ്ങുകളൊക്കെ അപ്പൊ ദേവീക്ഷേത്രത്തിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് ദേവിയെ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിപ്പിക്കുന്നുണ്ട് മാലകളും അതുപോലെ തന്നെ മുല്ലപ്പൂ മാലകളും എല്ലാം കൊണ്ട് സർവാഭരണ വിഭൂഷിതയാക്കുമോ ദേവിയുടെ കണ്ണ് നിറയുന്നുണ്ട് ദേവി ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ശിശുപാലൻ വരരുതേ ശിശുപാലനെ തൊടാൻ പറ്റരുതേ ശിശുപാലൻ അല്ല വരേണ്ടത് എനിക്ക് ശിശുപാലൻ വേണ്ട എനിക്ക് ഗോപാലൻ മതി ഇപ്രകാരം ശിശുപാലൻ ഔട്ട് കൃഷ്ണൻ ഗോപാലൻ കം എന്നൊക്കെ ദേവി ഇങ്ങനെ കരയുമ്പോൾ ആ മേക്കപ്പുകാരെ പറയും കരയരുത് ദേവി കാരണം കുറെ നെനക്കെണ്ടല്ലോ അവർക്ക് അവർക്കും കൈ കുഴയുന്നുണ്ടേ അപ്പൊ ദേവി മനസ്സിൽ പ്രാർത്ഥിക്കാണ് ശിശുപാലൻ വരരുത് വരരുതെന്ന് ആ സമയത്ത് ദൂരെയേ നോക്കുമ്പോൾ ദേവിയുടെ ഇടത് കണ്ടൊന്ന് തുളിച്ചു ബ്രാഹ്മണപുത്രൻ വരണോ കണ്ടതും ദേവി ഇവരോട് പറഞ്ഞു ഒരു മിനിറ്റ് അവിടെ നിൽക്കുമെന്ന് ആ ബ്രാഹ്മണന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി പോയ കാര്യം സാധിച്ചു ബ്രാഹ്മണൻ അറിയാം ദേവി കാത്തിരിക്കയാണ് കൃഷ്ണനെ കണ്ടു സന്ദേശം കൊടുത്തോ എന്താ ഭഗവാൻ പറഞ്ഞതെന്നൊക്കെ കേൾക്കാൻ കാത്തിരിക്കയാണ് ബ്രാഹ്മണൻ എന്ത് ചെയ്തു പോയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഒറ്റ കാര്യം പറഞ്ഞു ഭഗവാൻ വന്നിരിക്കുന്നു കൊണ്ടുപോവാനായി ഇത്രയും പറഞ്ഞുള്ളൂ ഭഗവാൻ വന്നിരിക്കുന്നു കൊണ്ടുപോവാനായി കേട്ടതും ദേവിക്ക് സന്തോഷം കൊണ്ടും ആ ബ്രാഹ്മണനോടുള്ള ആദരവ് കൊണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല സമ്മാനം കൊടുക്കണം അങ്ങനെയാണ് നല്ല വാർത്ത കേട്ടുകഴിഞ്ഞാൽ കേൾപ്പിച്ചവർക്കെന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്നാണ് ദേവി മനസ്സിലാക്കി ഏറ്റവും വില കൂടിയ ഈ ബ്രാഹ്മണന് കൊടുക്കാവുന്നത് അദ്ദേഹത്തിന്റെ പാതാരവിന്ദത്തിൽ നമസ്കരിക്കല് തന്നെയാണ് ആ ബ്രാഹ്മണനെ പാതാരിന്ദത്തിൽ നമസ്കരിച്ചുതാണ് എന്നിട്ട് ദേവി മേക്കപ്പുകാരോട് പറഞ്ഞു നല്ലോണം അടിച്ചുവിട്ടോളൂ എന്ന് കാരണം ഇപ്പോ വന്നിരിക്കുന്നു ഉറപ്പായി കൃഷ്ണനാവും കൊണ്ടുപോവുക എന്നുള്ളത് എന്നിട്ടോ ഭുവനകാന്തേം വിപുലദേ ആ സമയത്ത് ഭഗവാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കേട്ടതും ബബൽ ബബു അപേക്ഷ ആ ഭഗവാന്റെ രൂപം കാണാൻ വേണ്ടി നിർബന്ധശേഷിതം നിശമ്യ രാജാവിന്റെ പുത്രന്റെ വാക്കുകളൊന്നും മാനിക്കാതെ അവിടത്തെ വിപുല ഏതരുഷാം പുരവാസിനാം ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നു എന്നാണ് ഓരോരുത്തരും കൃഷ്ണനെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നു ഓ രുമിണി ദേവി ഭാഗ്യവതിയാണ് ഈ കൃഷ്ണനെ തന്നെ കിട്ടണം ഈ രുക്മിണി ദേവിക്ക് കൃഷ്ണനെ തന്നെ കിട്ടണം എന്ന് കല്യാണകത്ത് മറ്റാളുടെ പക്ഷെ ആളുകൾ പറയുന്നത് ദേവിക്ക് അനുയോജ്യനായ ഭർത്താവ് കൃഷ്ണൻ തന്നെ കൃഷ്ണൻ തന്നെ ചിലന് പറയുന്നുണ്ട് ഒരുത്തി വെളുത്ത സുന്ദരി മറ്റാൾ കറുത്ത സുന്ദരെന്ന് രണ്ടും നന്നായി ചേരുന്നുണ്ട് എന്ന് ഇപ്രകാരമെല്ലാം ഭഗവാനെക്കുറിച്ച് പറഞ്ഞുവെന്നാണ് എന്നിട്ടോ തതനുമന്ദിത മംഗലഭൂഷണു നിരമകൾ ജീവിത സ്വപുര സ്വപട്ര കുലധർമ്മമനുസരിച്ച് കല്യാണത്തിന് മുമ്പ് കുലദേവിയെ കണ്ട് തൊഴുതു വരണം ഇവിടേതാ ഭവതർപ്പിത ജീവിത കൃഷ്ണനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ദേവിയെ ദിവ്യാംഗ വിഭൂഷിതയാക്കിയിട്ടുണ്ട് മംഗലഭൂഷണ വാസുര എല്ലാവിധത്തിലെ ആഭരണങ്ങളാൽ ദേവിയെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അവരെല്ലാം ശിവാം വന്തിതും സപുരതേകാൽ ആ ദേവീക്ഷേത്രത്തിലേക്ക് പോവാനായി കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി എന്നിട്ടോ കുലവധൂമാരികീസുതാം തമ കേ ബന്ധുമിത്രാദികളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോയ ദേവി അവിടെ വച്ച് ഗിരിസുധാം പരിപൂജ്യ ആ ദേവിയെ കുമാരിയെ നല്ലവണ്ണം പൂജിച്ചു ഉമാദേവിയെ നല്ലവണ്ണം പൂജിച്ചു എന്നിട്ട് പങ്കെ പതിത ഭഗവാന്റെ പാദം തന്റെ മനസ്സിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കാണ് കേവലാം ഓ ദേവി എനിക്ക് വേണ്ടത് ഒന്ന് മാത്രമേയുള്ളൂ എന്താണ് ഭഗവാൻ തന്റെ പതിയായി വരണം ഇതിൽ പരമൊന്നും എനിക്ക് ഭാഗ്യം വേണ്ട എന്നിങ്ങനെ ദേവിയെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവതത്തിൽ ആ ദേവിയുടെ പ്രാർത്ഥന പറയും നമസ്സേ ്വാംബികേ ഭീഷ്ണം സ്വസന്താനുധം ശിവാം ഭൂയാൽ പതിർമ്മേ ഭഗവാൻ കൃഷ്ണസ്തനുമോദം നമസ്സേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനുധം ശിവം ഭൂയാൽപതിർമ്മേ ഭഗവാൻ കൃഷ്ണസ്തനുമോദം എനിക്ക് കൃഷ്ണൻ തന്നെ പതിയായി തീരേണമേ എന്ന് ആ ദേവിയുടെ പാതാരിന്ദ നമസ്കരിച്ചു അവിടെ നിന്നും ഇറങ്ങിയതാണ് എന്നിട്ടോ സമവലോകുതൂരഞ്ജിത ദേവിയുടെ യാത്ര കാണാൻ വേണ്ടി രാജാക്കന്മാരെ മുഴുവൻ ആ വീതിയുടെ രണ്ട് ഭാഗത്തും നിന്ന് ഭഗവാനും അവിടെ നിൽക്കുന്നുണ്ട് എന്തിന് തൊഴിച്ച നിർബന്ധം ഭഗവാനും നോക്കി നിൽക്കുന്നുണ്ട് എന്തിനാണ് ദേവിയെ അപഹരിക്കാനായിട്ട് മറ്റുള്ളവര് ദേവിയെ കാണാനായിട്ട് നിൽക്കണോ ഭഗവാൻ അപഹരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അവരെല്ലാം അതിസുന്ദരിയായിരിക്കുന്ന ആ ദേവിയുടെ രൂപത്തെ നോക്കിക്കൊണ്ട് സുരുചിരം നിരകാൽ ആനന്ദ നിമഗ്നരായി ആ ദേവിയെ കണ്ടുകൊണ്ട് സന്തോഷിതരായി ഭഗവാനോ ഭുവനാമോഹന ണേ പ്രമദയാ മദയാഞ്ചൃഷേമാൽ ഭുവനത്തെ മോഹിപ്പിക്കുന്ന ആരെ ദേവിയുടെ രൂപം കണ്ട് രാജാക്കന്മാരൊക്കെ വിവസരായപ്പോ ദേവിയൊന്ന് ഒരു ലീല ചെയ്തു എന്നാണ് തന്റെ കയ്യിലുള്ള വരണമാല്യം എടുത്ത് തോഴിയേൽപ്പിച്ചു അപ്പൊ എന്തിനാണത് ദേവി പറഞ്ഞു എന്റെ മുടിയൊന്ന് ശരിയാക്കണമെന്ന് അപ്പൊ ദേവി തന്നെ അമ്പലത്തിൽ വെച്ചൊരു പണിയൊപ്പിച്ചു എന്താണ് ഈ മുടിയിലുള്ള രണ്ട് ക്ലിപ്പ് എടുത്ത് വലിച്ചേർന്നു അപ്പൊ മുടി ഇങ്ങനെ കണ്ണിലേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ അവരോട് പറഞ്ഞു തോഴിമാരെ ഇതൊന്ന് പിടിക്കൂന്ന് അപ്പോ തോഴിമാരെ പിടിച്ചു മുടി ഒതുക്കണം എന്നുള്ള വ്യാജേന കാരണം മുഖത്ത് ഒരു മൂടുപടം പോലെ ധരിക്കുവരെ അതാണ് ഉത്തരേന്ത്യൻ രീതിയിലുള്ള കല്യാണം അപ്പൊ ദേവിക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല ഈ മൂടുപടം ഒന്ന് മാറ്റണം അപ്പൊ മാറ്റാൻ വേണ്ടിയിട്ടാണ് മുടി ശരിയാക്കിയത് അങ്ങനെ മുടി മാറ്റുന്നതും ദേവി കൃഷ്ണനെ കണ്ടതും കണ്ണുകൊണ്ടൊന്ന് കാണിച്ചു റെഡി എന്ന് ഉടനെ തന്റെ മുടിയൊക്കെ ശരിക്ക് തോഴിയുടെ കയ്യിൽ മാലയ്ക്ക് പിടിച്ചതും ഭഗവാൻ അവിടെ രഥത്തിൽ നിന്ന് ചാടിക്കൊണ്ട് ശ്രീ ചന്ദ്രമുഖീർ സരസമേത്യേണാൽ സമതിരോപ്യൂവിതോ വിഷാംരി എവിടെ പോകുന്നു ചന്ദ്രമുഖി കൊനുകോദിച്ചുകൊണ്ട് ഭഗവാൻ അതാ അങ്ങോട്ട് ചാടുന്നു ക്ഷണാർത്ഥം കരയണ ഹരൻ ഭഗവാൻ ചാടുന്നു ദേവിയെ കൈപിടിച്ചു എന്ന് എന്നിട്ടോ രഥം സമതിരോപ്യ വേഗം രഥത്തിലേക്ക് കയറ്റിക്കൊണ്ട് ഭഗവാൻ അവിടെ നിന്നും അതിവേഗത്തിൽ രഥമോടിച്ചതും എല്ലാവരും ആകെ എന്താണ് അന്തം വിട്ടു നിന്നാണ് ശിശുപാലനും ജരാസന്ദനും ശിശുപാലൻ നോക്കുമ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണാ പോയതേ ജരാസന്ദനാണ് സപ്പോർട്ട് ചെയ്തത് ഇവരെല്ലാം ആശ്ചര്യപരിതരായി നിൽക്കെ ആ ശത്രുക്കൾ ചിലരൊക്കെ കോപിഷ്ടരായി അങ്ങോട്ടിങ്ങോട്ട് നോക്കെ ഭഗവാൻ അത് അവിടെ നിന്ന് ഓടി ശിശുപാലനും ജരാസന്ദനും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏ പശുപാല പശുക്കളെ പാലിക്കുന്നവനെ നീ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങളുടെ പെണ്ണിനെയും കൊണ്ട് എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ അവരൊക്കെ യുദ്ധത്തിനായിട്ട് ഭഗവാന്റെ നേരെ പോയി ഭഗവാനാണെങ്കിലോ ശുനകൈ കേസരി ഇതൊക്കെ പട്ടികളുടെ കൊര ഭഗവാനാണെങ്കിൽ സിംഹത്തെപ്പോളെ നിന്നുകൊണ്ട് അവരോട് എതിർക്കുകയാണ് എന്നിട്ടോ ണമാഗതമാഗേ പദമുേ്യബദ്ധ്യൂപ കൃതമതം പരിമുച്ചോക്തി സഹാകാന്തയാ രുക്മി എന്ന് പറയുന്ന സഹോദരൻ ആകെ അപമാനിതനായി തന്റെ സഹോദരിയെ ശിശുപാലന് കൊടുക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി വന്ന് ശിശുപാലനുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് തയ്യാറെടുപ്പുകൾ ചെയ്ത രുക്മി ഇപ്പൊ കാണുന്നത് തന്റെ സഹോദരിയെ കൃഷ്ണൻ അപഹരിച്ചിരിക്കുന്നതാണ് അപമാനിതനായ രുക്മി അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു ഇനി തന്റെ സഹോദരിയും കൃഷ്ണനെക്കൊന്നുമല്ലാതെ ഈ രാജ്യത്തിലേക്ക് കാലുവെക്കില്ലയെന്ന് എന്ന് പ്രതിജ്ഞ ചെയ്ത് കൃഷ്ണനുമായ യുദ്ധത്തിന് ചെന്നപ്പോ ഘോരമായ യുദ്ധം നടന്ന് ഭഗവാൻ കൊല്ലാൻ വേണ്ടി വാളെടുത്തതും രുക്മിണി പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവൽപദേ ഹും കല്യാണമേ മഹാഭുജ ഇപ്രകാരം കൊല്ലരുതേ ഭഗവാനെ എന്ന് പറഞ്ഞ് ീണമാഗതമാഹവേ വധമ ഉപേക്ഷ വധമുപേക്ഷിച്ചു എന്നിട്ടോ വിരൂപയൻ തലമുടി മാത്രം മുറിച്ചെടുത്ത് ആ രുക്മിയെ വിട്ടുവതാണ് അതിനുശേഷം ഭഗവാൻ പുരമയാ രമയാസഹകാന്തയ തന്റെ ലക്ഷ്മിദേവിക്ക് സദൃശ്യായ അല്ലെങ്കിൽ ലക്ഷ്മിദേവി തന്നെയായ ആ രുമിണീ കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് വന്നുവെന്നാണ് അങ്ങനെ ദ്വാരകയിൽ എത്തിയതിനു ശേഷം എല്ലാ രാജാക്കന്മാരുടെയും മുന്നിൽ വച്ച് ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ രുക്മിണീ ദേവിയെ തന്റെ പത്നിയായി സ്വീകരിക്കുന്നതാണ് രുക്മിണി സ്വയംവരം അടുത്ത ശ്ലോകം രുക്മിണി സ്വയംവരത്തിന്റേതാണ് ഭഗവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തന്റെ പ്രജകൾക്കെല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരുത്സവം തന്നെയാക്കി ദ്വാരകയിൽ ഭഗവാന്റെ വിവാഹം ഇങ്ങനെ ഭഗവാൻ നവസമാകാംയു നാഥയുഖം പ്രണയ കൌതുക ജൃംവിതാനാം അങ്ങോട്ടുമിങ്ങോട്ടുള്ള പ്രണയത്തിന്റെ ആ രസ സൌന്ദര്യത്താൽ അവർ രണ്ടുപേരും സന്തോഷ ഉത്കർഷയിൽ ആയിക്കൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് അവിടെ വച്ച് കല്യാണം കഴിച്ച് ഒന്നായി തീരുകയാണ് ഹരേ രാമ ഹരേ രാമ ഹരേ േ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഈ രുക്മിണി സ്വയംവരം നമ്മളിവിടെ ആഘോഷിക്കുമ്പോ അതിന്റെ താത്വികമായൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം എന്താണ് വിവാഹം പൊതുവെ നമ്മൾ വിവാഹത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നറിയാം ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് അതിനൊരർത്ഥമുണ്ട് ഭാരതത്തിലുള്ള ആചാര്യന്മാര് എന്തു ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലൊരു അർത്ഥമുണ്ട് നമ്മൾ ഈ പറച്ചു വയ്ക്കുന്നത് അതിനൊരു അർത്ഥമുണ്ട് അഞ്ച് തിരിയിട്ട് വിളക്ക് വയ്ക്കുന്നതിലൊരു അർത്ഥമുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ നമ്മളതെല്ലാം മറന്നു ആരും പറഞ്ഞു തരാനില്ല അതുപോലെ തന്നെയാണ് വിവാഹം വിവാഹത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ചടങ്ങുകളുണ്ട് ഒന്ന് നാല് അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കൽ താലിയോ മാലയോ സമർപ്പിക്കല് അങ്ങോട്ടിങ്ങോട്ടും മാല ചാർത്തൽ ആദ്യം വധു വരനിൽ മാല ചാർത്തും പിന്നീട് വരൻ വധുവിൽ മാലയാർത്തും രണ്ടാമത്തൊരു ചടങ്ങാണ് മോതിരം മാറൽ അങ്ങോട്ടിങ്ങോട്ട് മോതിരം സമർപ്പിക്കരുത് മൂന്നാമത്തതാണ് ഹോമകുണ്ടത്തിനോ അതുപോലെ തന്നെ വിളക്കിനോ ചുറ്റും പ്രതിക്ഷണം വയ്ക്കൽ ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിന്റെ മൂന്ന് സത്യങ്ങളെ മനസ്സിലാക്കി തരികയാണത്രെ അപ്പൊ ഒന്ന് ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ് വേണം രണ്ട് തെറ്റുകൾ കണ്ടാൽ പോലും കുറ്റം പറയാറെ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം മൂന്നാമത്തതാണ് അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കൽ കൈപിടിച്ചുകൊണ്ട് പ്രദീക്ഷണം അല്ലെങ്കിൽ സാരി കുറത്തുകൊണ്ടുള്ള പ്രതീക്ഷണം അതെന്താണത്രേ പരസ്പരം ഒരുമിച്ച് സഹകരിക്കാം സഹകരണത്തിന്റെ ഒരുമിച്ച് സേവനം ചെയ്തുകൊള്ളാം ഞാൻ നിന്നെയും എന്റെ സുഖത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തില്ല നീ എന്നെയും സുഖത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തരുത് നമ്മൾ പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സുഖിപ്പിച്ചുകൊണ്ട് അങ്ങനെ സേവനം ചെയ്തുകൊള്ളാം എന്ന് പറയുന്നതിന്റെ പ്രതീകമാണത്രേ എന്ത് അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം ഈ ഒരു സംസ്കാരം ഭാരതത്തിൽ ഉള്ളതുകൊണ്ടായിരുന്നു നല്ലൊരു വിവാഹ ജീവിതം എന്നുള്ളവർക്ക് സാധ്യമായിരുന്നത് ഇന്ന് നമ്മൾ നോക്കൂ ഇന്ന് ചടങ്ങുകൾ നടക്കുന്നുണ്ട് കേൾക്കാനുള്ള മനസ്സില്ല അതുകൊണ്ടാണ് ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള മനസ്സില്ല കുറ്റം പറയലാണ് അതുകൊണ്ടാണ് ഡൈവേഴ്സ് തുടങ്ങിയത് കൂടി വരുന്നത് അതുപോലെ തന്നെ പരസ്പരം സേവിക്കാനുള്ള മനസ്സില്ല അത് നമ്മൾ കാണുന്നു അപ്രകാരം കുടുംബജീവിതത്തിന്റെ താളം ക്രമേണ ക്രമേണ തെറ്റിപ്പോയി വിദ്യാഭ്യാസം കൂടുന്തോറും സംസ്കാരം കൂടുകയാണ് വേണ്ടത് നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസം കൂടുന്നുണ്ടെങ്കിലും സംസ്കാരം കുറവാണ് ബുദ്ധി വികസിക്കുന്നുണ്ട് മനസ്സ് താഴ്ന്നു താഴ്ന്നു വരികയാണ് ഈ മനസ്സിനെ ഉയർത്താനാണ് ആത്മീയ വിദ്യ അതിനാണ് സത്സംഗങ്ങൾ അതിനാണ് ഭാഗവതവും നാരായണിയും പഠിക്കേണ്ടത് അപ്പോഴേ ബുദ്ധിയും വികസിക്കണം ബുദ്ധിക്കനുസരിച്ച് മനസ്സും വികസിക്കണം അപ്പോഴേ ഉത്കൃഷ്ടമായൊരു ജീവിതം സാധ്യമാവുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് രുമിണീ സേവനം അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ മാന ചാർത്തൽ വെറുതെ കടയുന്ന രണ്ട് മാല വാഴ്ച കൊണ്ടിരിക്കില്ല വളരെ കോസ്റ്റ്ലി മാലയാണ് ഇട്ടത് ഇത് എത്രത്തോളം സഹ എന്താണ് കേൾക്കാനുള്ള മറ്റൊരാളുടെ വാക്കുകളെ കേൾക്കാനുള്ള ആ സഹനത അല്ലെങ്കിൽ ആ സ്വീകാര്യത ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ രണ്ടാമത്തത് ആ ക്ഷമിക്കാനുള്ള കഴിവ് എത്രയുണ്ടോ നമ്മളെ പഠിപ്പിക്കുന്നതാണ് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെ ശരിയല്ലേ ഇത് അല്ലാതെ ഈ ചടങ്ങുകൾക്കൊക്കെ എന്താ അർത്ഥമുണ്ട് ഇതൊക്കെ ഇല്ലാതെ വെറുതെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടാലും കല്യാണം നടക്കില്ലേ ഇതൊക്കെ വേണം ജീവിതം എന്നാലേ ജീവിതം മുന്നോട്ട് പോകും കാരണം രണ്ട് വ്യത്യസ്ത മനസ്സുകൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധ്യല്ല സ്വഭാവം കൊണ്ട് വ്യത്യസ്തമാവും മനസ്സുകൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു മനസ്സിനും വേറൊരു മനസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധ്യല്ല ജീവിതം പറയുന്നത് പല മനസ്സുകൾ കൂടി ചേർന്നതാണെങ്കിൽ ഒരു മനസ്സ് മറ്റൊരു മനസ്സിനോട് സഹകരിക്കണം കുറെയൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവണം കൂടുതൽ അങ്ങോട്ട് സേവിക്കാനുള്ള മനസ്സുണ്ടാവണം അപ്പോഴേ രണ്ട് മനസ്സുകൾക്ക് ഒരുമിച്ച് പോവാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ ഉൾക്കൊള്ളുകയാണെങ്കിലോ ജീവിതം ധന്യമാക്കാം മനുഷ്യൻ ഇതൊക്കെ ഉൾക്കൊള്ളാത്ത കൊണ്ടായിരിക്കാം എല്ലാമുണ്ട് എന്നാൽ ജീവിതമില്ല എന്ന് പറയണം പലർക്കും ഇന്നതാണ് നമ്മൾ കാണുന്നത് അവർക്ക് പണമുണ്ട് വീടുണ്ട് സൌകര്യങ്ങളുണ്ട് പക്ഷെ ആത്മാർത്ഥമായി ചോദിച്ചാൽ നല്ലൊരു ജീവിതമില്ല എങ്ങനെയോ ജീവിക്കുന്നു മാത്രം അതെന്തുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുണ്ടാക്കിയെടുത്ത ഒരു ചുറ്റുപാട് അവർക്ക് താഴാനും സാധിക്കുന്നില്ല താഴാനും അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല സഹകരിക്കാനും അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല അതുകൊണ്ടോ പരസ്പരം വാശിയുടെയും അതുപോലെ തന്നെ ജീവിതം നയിച്ച് ആരെയൊക്കെയോ തോൽപ്പിക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന ആളുകളുണ്ട് പറയാൻ നമ്മളിതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിയെടുക്കണം നേരത്തെ പറഞ്ഞില്ലേ ദ മോർ വി ക്രിയേറ്റ് ഇൻഡിവിജ്വാലിറ്റി ദ മോർ വി ആർ അവേ ഫ്രം ദ ഗോഡ് ദ മോർ വി സറണ്ടർ ഇറ്റ് ദ മോർ വി ആർ ക്ലോസ് ടു ദ ലോഡ് ദാറ്റ് ഇസ് ദ ട്രൂത്ത് അത് നമുക്ക് സാധിക്കാൻ നമ്മൾ ഒരുപാട് കേൾക്കേണ്ടതുണ്ട് ഇപ്രകാരം ആ ഭഗവാൻ രുക്ണി വിവാഹം കഴിച്ചു എന്നുള്ള ഭാഗം നമ്മൾ വായിച്ചു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം മംഗളം മംഗളം ലോകനാ മംഗളം മംഗളം മാരുദേശ മംഗളം നേരട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേരനേരട്ടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ മംഗളം മംഗളം ലോകനാദേ മംഗളം മംഗളം മാരുദേശ മംഗളം നേരട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നിർ നേരട്ടെ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരിജ കൃഷ്ണ ഹരേ ഭഗവാൻ അങ്ങനെ രുക്മിണിദേവി തന്റേതായി തീർത്ത് വിവാഹം കഴിച്ചെടുത്തു അതിനുശേഷം വിവിധ നർമ്മി രേവമഹർഷം പ്രമദമാകലയം പുനരേഗദ രുമദേ ഗിലി വക്രഗിരാഭവൻ വരതനോരനോദി ലോലതം ഇങ്ങനെ ഭഗവാൻ രുിണീ ദേവിയുടെ കൂടെ വിവാഹം കഴിച്ച് പല നർമ്മലാപനങ്ങളും ചെയ്ത് ആ രുമീ ദേവിയെ സന്തോഷിപ്പിച്ചു എന്നിട്ടോ തദതിഗൈരാളന കൗശലൈ പ്രണയിനിമതികം ദമയൊക്കുന്ദവൽം ഗദദാന്തിരാളന കൗശലൈ ഇപ്രകാരം പ്രേമലാളനകളെ കൊണ്ട് ആ രുക്ണീ ദേവിയെ സന്തോഷിപ്പിച്ച ഗുരുവായൂരപ്പ എന്നെയും പ്രേമം കൊണ്ട് ആനന്ദിപ്പിച്ച് സർവരോഗത്തിൽ നിന്ന് മുക്തനാക്കയണമേ എന്ന് പ്രാർത്ഥിച്ച് ഉപസമരിപ്പിച്ചു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം വിവാഹത്തിൽ വന്ന എല്ലാവരെയും ഗുരുവായൂരപ്പനും അതുപോലെ രുക്മിണീദേവി അനുഗ്രഹിക്കട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഉപസംരിപ്പിക്കും രാധാരമണമുഖമുരാ ശരണം പവനപുരേ ചാധാകൃഷ്ണ ശരണമേ തവചരണയുഗം പാർവതി ശങ്കരി ശരണമേ തവചരണയുഗം സാമസദിവോചന് ശരണമേ തവചരണയുഗം ഹരിഹരപുത്ര ശ്രീതവത്സല ശരണമേ തവ തരണയുഗം രാധാരമണ മുകുന്ദ ശരണമേ തവ ീർത്തനം ദ്വാരകയിൽ വസിക്കുന്ന കാലം സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു യാദവന് സൂര്യോപാസനയിലൂടെ ശമന്തകമണി എന്ന് പറയുന്ന രക്തം കിട്ടിയെന്നും ആ രക്തം ഭഗവാനെ കാണിക്കാൻ കൊണ്ടുവന്നു എന്നും പിന്നീട് രക്തം നഷ്ടപ്പെട്ട് ഭഗവാൻ ജാമ്പവതിയെയും സത്യഭാമയെയും വിവാഹം കഴിച്ച കഥയാണ് ശമന്ത് ഗോഭാക്യം എൺപതാമത്തെ ദശകം സത്രാരിതത്വമുധവതർക്കലം ദിവ്യം ശമന്തമണിം ഭഗവന്നയാജി തൽക്കാലണം ബഹുവിധം മമബാദിനൂനം തസ്യത്മജാം തൊയ്രം ചലതോ വിബോടും സത്രാരിത അർക്കലബ്ദം ദിവ്യം സമന്തഗമണിം പണ്ട് സത്രാജിത്യെന്ന് പറയുന്ന ഒരു യാദവന് സൂര്യോപാസനയിലൂടെ ഒരു മണി കിട്ടി അതിന്റെ പേരാണ് സെമന്തകമണി ഈ സെമന്തകമണി കാരണം അയാൾക്കൊരുപാട് ഐശ്വര്യങ്ങളുണ്ടായി സെമന്തകമണിക്ക് മൂന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണ് ഇത്ര മൂന്ന് പ്രത്യേകത അത് എട്ടു ഭാരം സ്വർണത്തെ തന്നുകൊണ്ടിരിക്കും പ്രസവിക്കുന്ന മണി നടത്തും രണ്ടാമത്തത് അതിലെടുത്ത് ദാരിദ്ര്യമില്ല മൂന്നാമത്തത് അത് എവിടെ വെച്ചോ അവിടെ അന്ധകാരമില്ല പിരട്ടില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത പ്രസവിക്കുന്നൊരു മണി അതും എത്ര ഭാരം എട്ടു ഭാരം സ്വർണം തരുന്നൊരു മണി ഇതുകൊണ്ട് സത്രാജിത്തന്റെ സമ്പത്തും സമൃദ്ധിയൊക്കെ വർദ്ധിച്ചു വീട്ടിലെവിടെ നോക്കിയാലും സ്വർണം അങ്ങനെയിരിക്കോ ഒരിക്കലാ സമന്ദകമണിയുമായിട്ട് ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്നു എല്ലാ ഐശ്വര്യങ്ങളുള്ള കൃഷ്ണൻ എന്തു ചെയ്തത്രെ ലുബ്ധവയാജി ഒരു പിശുക്കനെപ്പോലെ അല്ലെങ്കിൽ ഒരു ഇല്ലാത്തവനെപ്പോലെ അതിനെ ചോദിച്ചു എന്ന് കാരണം തൽക്കാരണം എന്തിനാണങ്ങനെ ചോദിക്കാൻ കാരണം ഭഗവാൻ ആവശ്യമില്ല എന്തിനാണത്രേ വിധം എനിക്ക് തോന്നുന്നു ഇതിൽ ചില കാരണങ്ങളുണ്ട് കാരണം തൊയ്രതാം തസ്യാത്മജാം ചിലത് വിോടും അങ്ങയിൽ മനസ്സ് വച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുത്രിയെ അങ്ങേക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാട്യത്തിലായിരിക്കാം ആ സത്രാജ്യത്തിന്റെ കയ്യിലുള്ള മണി അങ്ങ് യാചിച്ചിരിക്കുന്നത് ഇപ്രകാരം പല കാരണങ്ങളെ കൊണ്ടാണ് യാചിച്ചിരിക്കുന്നത് എന്ന് പട്ടതിരിപ്പാട് പറയാണ് എന്നിട്ടോ അതത്തം തന്ത് മണിപരമനേനൽപ്പമനസാ പ്രസേനത്തൽപുവിവൻ പ്രാപൃഗയാം അഹന്നീനം സിംഹോ മണിമഹസിമാം സഭ്രമവശാൽ കവീന്ദ്രസ്തം ഹണിമിചലായ അൽപമനസ വിവേകമില്ലാത്ത സത്രാജിത്ത് ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാത്ത സത്രാജിത്ത് വരാൻ പോകുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടിക്കാണാൻ പറ്റാത്ത സത്രാജിത്ത് അത് ഭഗവാൻ കൊടുത്തില്ല അതത്തം തം എന്നിട്ടോ ഗളപുവിവഹൻ തൽബ്രാത തന്റെ കണ്ടത്തിൽ കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭ്രാത അദ്ദേഹത്തിന്റെ സഹോദരൻ അയാളുടെ പേരായിരുന്നു പ്രസേനൻ ആ പ്രസേനൻ ആ മണിയും കഴുത്തിൽ തൂക്കിക്കൊണ്ട് മൃഗയാവിനോദത്തിന് പോയി മൃഗയാംപ്രാവ ഇതൊരു മാംസകൃഷ്ണമാണെന്ന് തെറ്റിദ്ധരിച്ച് സിംഹമണി മഹസി മാംസഭ്രമവശാൽ മാംസമാണെന്ന് തെറ്റിദ്ധരിച്ച് സിംഹം സത്രാദിത്യന്റെ സഹോദരന്റെ പ്രസേനന്റെ മേൽ വീണ് അയാളെ കൊന്നുകൊണ്ട് ആ ശരീരം വലിച്ചുകൊണ്ടുപോകുമ്പോൾ കവിന്ദ്രം തംഹത്വ കൊരയന്മാർ വാനരന്മാരത് കണ്ടപ്പോ കബീന്ദ്രന്മാരുടെ ശ്രേഷ്ഠനായിരിക്കുന്ന കബീന്ദ്രനായിരിക്കുന്ന ജാമ്പാനിച്ച് വിവര അറിയിച്ചപ്പോ തംഹത്വ ആ സിംഹത്തെ കൊന്നുകൊണ്ട് മണിയും ബലമായ ആ മണിയെ അവിടെ നിന്ന് അപകരിച്ചു സത്രാജിത്തിന്റെ കയ്യിൽ നിന്നും മണി പ്രസേനന്റെ കൈയ്യിലെത്തി പ്രസേനന്റെ കയ്യിൽ നിന്നും മണി സിംഹത്തിന്റെ കൈയിലെത്തി സിംഹത്തിൽ നിന്നും ജാമ്പാന കയ്യിലെത്തി എന്നിട്ടോ ശശംസു ഗിരമനുജനാസ്തം മണിഹരം ജനനം പീയൂഷം ഭവതിഗുണി ദോഷഗണിക തദസോ വി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട ഹരിമപിഗതോ ഭൂകവിഗുഹാ സത്രാജിത്കിരം സത്രാജിത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പ്രസേനനെ കാണുന്നില്ല സഹോദരനെ കാണുന്നില്ല അയാൾ പറഞ്ഞു പരത്തി എന്താ പറഞ്ഞത് ജനാത്വം ജനങ്ങളോട് പറഞ്ഞു ത്വാം മണി കട്ടത് കൃഷ്ണനാണ് തന്റെ സഹോദരൻ രണ്ടു ദിവസമായിട്ടും കാണുന്നില്ല തീർച്ചയായിട്ടും അതിന്റെ പിന്നില് സഹോദരനെ കൊന്ന് കൃഷ്ണൻ മണിയെടുക്കാൻ കാരണമുണ്ട് കാരണം അന്ന് തന്നെ ആ മണിയുടെ മുകളിൽ കണ്ണു വച്ചിട്ടുണ്ട് ശീലം മറക്കാൻ പറ്റില്ലല്ലോ കുട്ടിക്കാലത്തെ വെണ്ണ കെട്ടു പാല് കെട്ടു വസ്ത്രം കെട്ടു കളവിൽ വളരെയധികം ട്രെയിനിംഗ് കിട്ടിയ ആളാണ് ട്രെയിനിൽ വളരെയധികം എന്താണ് കഴിവുള്ള ഒരാളാണ് കൃഷ്ണൻ അതുകൊണ്ട് മണി കക്കാനുള്ള മണിയെടുക്കാനുള്ള സാധ്യത കൃഷ്ണന് തന്നെ ഗുണിനാം ദോഷഗണിക ജനാനം പീയൂഷം നല്ലവരെ കുറിച്ചുള്ള ചീത്ത ഉണ്ടല്ലോ ചിലർക്ക് വളരെ ഇഷ്ടമാണ് ഈ പരദോഷണം കേൾക്കാൻ വലിയ ഇഷ്ടമാണ് പലർക്കും അങ്ങനെയൊരു സൌകര്യം ലോകത്തിൽ ഈശ്വരൻ നമ്മുടെ ചെവിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ ദോഷം കേൾക്കാൻ അതൊരു താൽപര്യമുള്ളോട്ട് ജനങ്ങൾക്കത് വേഗം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ സാധിച്ചു സർവജ്ഞഹാബി എല്ലാം അറിയുന്ന കൃഷ്ണൻ വിചാരിച്ചു എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കേണ്ട ബലരാമസ്വാമി പറ കൃഷ്ണ വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കേണ്ട കുറെ ആളുകളെയും കൂട്ടി മാർഗണപരം അവിടുന്ന് അന്വേഷണം തുടങ്ങി കാട്ടിലേക്ക് പ്രസേനം സ്മെല്ലൊന്നു ശരീരം ആ സ്മെൽ സ്മെല്ലിക്കുന്ന ശരീരമൊക്കെ കണ്ട് മനസ്സിലാക്കി കൊന്നിരിക്കുന്നു ഹരിംമവി സിംഹത്തിന്റെ ശരീരവും കണ്ടു പിന്നീട് കവിഹുഹാം ഗത ഒരു കവിയുടെ ഗുഹയും കണ്ടു അതിനുള്ളിലേക്ക് കയറി എന്നിട്ടോ ഭവന്തം മതിവർക്കയൻ അതിവയാശയം ജാമ്പുന്ദശരണം ഘീമാം കൈക ഓതുലവൻ വിപോരഗുപദേഹരേ ജയ ജയ ഇതി അലം മുഷ്ടിബി ചിരന്തവ സമർത്ഥനം വിതീത ഭക്തചൂടാമണി ആ വൃദ്ധനായിത്തേർന്ന ജാമ്പവാൻ ഭഗവാനോട് ഭഗവാനെ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കിയില്ല പിന്നെ പറഞ്ഞ ദുദ്ധത്തിൽ എന്നെ തോൽപ്പിച്ചാൽ മണി കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഭഗവാനുമായി ദ്വന്ദ്യുദ്ധം ചെയ്തു ഇരുപത്തിയേഴ് ദിവസം ദ്വന്ത്വയുദ്ധം ചെയ്തപ്പോ മനസ്സിലായി ഇത് സാധാരണ വ്യക്തിയല്ല പിന്നെ ചോദിച്ചവിടുന്ന് ആരാണെന്ന് അപ്പോ ആരായിട്ടാണ് അങ്ങനെ തോന്നുന്നത് മനസ്സിലായി സാധാരണ വ്യക്തിയല്ല ഇത് ശ്രീരാമൻ ഭഗവാൻ അദ്ദേഹത്തിന് ശ്രീരാമരൂപത്തെ കാണിച്ചുകൊടുത്തു ഉടനെ തന്നെ മുകുന്ദ ശരണം മുകുന്ദനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഹരേ രഘുപതി തന്റെ പരമഭക്ത ഭഗവാൻ അവതാരമൂർത്തിയായിരിക്കുന്ന ഏതൊരു ഭക്തന്റെ ദാസനാണോ ഞാൻ എന്റെ ഈശ്വരനായിരിക്കുന്ന ശ്രീരാമസ്വാമി മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ട് ആ പാദത്തിൽ വീണ് നമസ്കരിച്ച് മാപ്പു പറഞ്ഞു ഭഗവാനെ ഇങ്ങനെയാ ഒരു ഭക്തണ്ടാവോ എല്ലാ ഭക്തന്മാരും പൂക്കളിട്ടിട്ടാണ് അർപ്പിച്ചുകൊണ്ട് എന്താണ് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യണം എന്നെ അവിടെ ഇടിച്ചു പൂജിച്ച ജാംബവാൻ ഇപ്രകാരം പറഞ്ഞു ആ ജാബവാൻ ഭഗവാന് മണി കൊടുത്തു ആ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന തെറ്റിനൊരു പ്രായച്ചിത്തം ചെയ്യണം എന്താ പ്രായച്ചിത്തം തന്റെ ഏകമകളായിരിക്കുന്ന ജാമ്പവതിയും വിളിച്ചു ജാമ്പവതി വന്നു കൈയിൽ മണിയും ജാമ്പവതിയായിട്ട് ഭഗവാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആ ഭഗവാന് മണിയും കിട്ടി അദ്ദേഹം മണിമണിമോലെ വളർത്തുന്ന അദ്ദേഹത്തിന്റെ പുത്രിയായിരിക്കുന്ന ജാമ്പവതി എന്തായാലും ജാമ്പവാന്റെ പുത്രിയാവും എനിക്ക് തോന്നുന്നില്ല കാരണം ജാംബവാൻ കുറങ്ങാനാണെങ്കിൽ ജാമ്പവതിയും അപ്പോ നമ്മുടെ കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക ആ ഫാമിലി ഫോട്ടോ എങ്ങനെ ഉണ്ടാവും ഒത്തിരി വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതൊക്കെ എടുത്തുവളർത്തിയ പുത്രിയാണെങ്കിൽ അതും അപകടമാണ് കാരണം ഒരു മനുഷ്യക്കുഞ്ഞിനെ ഒരു കുറങ്ങിനെടുത്ത് വളർത്തുക പറഞ്ഞാലൊക്കെ വിശ്വസിക്കാൻ ലേശം പ്രയാസമുണ്ട് പോട്ടെ ബുദ്ധ്വാദം അനുഗ്രണ്ണൻ അനുമാഗാം സപതിപ്രകാരം ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഗുരുവായപ്പൻ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവാം രമണിയും തന്റെ സുന്ദരിയായിരിക്കുന്ന ജാമ്പവതിയെ ഭഗവാന് കൊടുത്തു അനുഗ്രണ്ണൻ എന്നരിപ്രകാരം ഭഗവാനെന്ത് ചെയ്തു അവിടെ നിന്ന് ആ ശമന്തകമണിയെ തിരിച്ച് കൊണ്ടുപോവാണ് എന്നിട്ടോ തദനുസകലു ലോലോ വിലോല വിലോചനം ദുഹിതരമഹോധീമൻ ഗിരേവരാപിതാം ഹരിതമണിനാതുവ്യം ലഭ്യം സമിത്യഭവാൻ പ്രമുദിതമനാത്ത അങ്ങനെ സത്രാജിത്തിന് സത്രാജിതേ മണിപ്രാത സത്രാജിത്ത്തിന് മണി കൊടുത്തപ്പോ അവൻ പ്രീലാലോ ആകെ ലജ്ജ വന്നു ഭഗവാനെക്കുറിച്ചില്ലാത്ത അപരാധമൊക്കെ പറഞ്ഞ് പരത്തിയില്ലേ ഭഗവാൻ ചെയ്യാത്ത തെറ്റിനാണ് ഭഗവാനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അതിൽ അത്യന്തം വിഷമം വിലോല വിലോചനാം ദുഹിതരം മണിനാതുവ്യം മതി അദ്ദേഹം പറഞ്ഞു ഭഗവാനെ എനിക്കും ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്ന് എന്താവോ പ്രായചിത്തം തന്റെ മകളുണ്ട് സത്യഭാമ അവളെ വിളിച്ചു മണിയെടുത്തു എന്നിട്ട് മണിയും സത്യഭാമയും കൊണ്ട് വന്ന് ഭഗവാനോട് കൈ നീട്ടാൻ ഭഗവാന്റെ കയ്യിലേക്ക് രണ്ടും വെച്ചു കൊടുത്തു അങ്ങനെ ഭഗവാൻ ഒരു മണി കാരണം രണ്ട് കല്യാണം രാഭുവതിയും കിട്ടി എനിക്ക് തോന്നുന്നു പണ്ടുണ്ടായിരിക്കണം ഫ്രീന്നുള്ളത് അതായിരിക്കും സാധനം പിടിച്ചാൽ ഫ്രീ കിട്ടുന്ന കാലമാണല്ലോ അതുപോലെ ഭഗവാന് മണി കാരണം അല്ലെങ്കിലും മണി കൂടിയാൽ വേണ്ടാത്തൊക്കെ തോന്നില്ല ആൾക്കാർക്ക് പഴയ കാലം അങ്ങനെയെന്നു പണം കൂടുതലോണ്ടാണ് കൂടുതൽ കല്യാണം കഴിക്കാൻ തോന്നിയത് പിന്നീട് പണം കുറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഒരു കെട്ട് കെട്ടാൻ തുടങ്ങി ഇപ്പം കൂടുതൽ തുടങ്ങിയെന്ന് പറയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മണി ആയതായാലും ഭഗവാൻ ജാമ്പവതിയും കല്യാണം കഴിച്ചു സത്യഭാമയും കിട്ടി എന്തിനാ ഭഗവാൻ മനസ്സിലായി ഈ മണി കൊണ്ടുകടന്ന അപകടമാണ് മണി എന്ത് ചെയ്തു ഭഗവാൻ പ്രമോദിതമന മണിം തസ്സയേവതാൽ അവന് തിരിച്ചു കൊടുത്തു സത്രായത്തെ മണി വേണ്ട ഏതാനും മണിമണി പോലുള്ള അവിടുത്തെ മകളെ മതി എന്ന് പറഞ്ഞ് അവളെ സ്വീകരിച്ചുപോയി എന്നിട്ടോ പ്രീത കുലം രമയതി ബലരാമസ്വാമി ഇങ്ങനെ ചോദിക്കും കൃഷ്ണനൊ കൃഷ്ണൻ പോകുന്നൊക്കെ ഒറ്റക്കെയാണ് വരുമ്പോ ഒക്കെ ഓരോ സാധനങ്ങളും കൂടുണ്ട് അപ്പോൾ കൃഷ്ണനോട് വയ്ക്കിയത് എന്താ കൃഷ്ണാണ് ഭഗവാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് നന്നായി ഒഴിവാക്കാൻ പറ്റുമോ ഏതായാലും സത്യഭാമയുടെ കൂടെ രമിക്കുന്ന കാലത്ത് സത്യപാമം രമയത്തി അപ്പോഴാണ് ഭഗവാൻ ന്യൂസ് കേൾക്കുന്നത് എന്താണത് കൌന്ദയദാഹകഥയാ കൌന്ദയൻ കുന്തി പുത്രന്മാരെ അരക്കില്ലത്തിനിട്ട് ചുറ്റുകൊന്നിരിക്കുന്നു കൌരവന്മാരെന്ന് കേട്ടപ്പോൾ ഭഗവാൻ അറിയാം അവരും മരിച്ചിട്ടില്ല എന്നാലും ഭഗവാൻ സാന്ത്വനിപ്പിക്കാൻ എന്ന വിധത്തിൽ കൌരവന്മാരെ അടുത്തേക്ക് പോയ സമയത്ത് ആ സമയം നടന്നു ഇവിടെ മറ്റൊരു സംഭവം നടന്നു അതെന്താണ് ശതതനു ഗാന്ധിനേ കൃതവർമ്മ കിര പണ്ട് ശതധന്മൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് സത്യഭാമയെ സത്രാജിത്യ വിവാഹം കഴിക്കാൻ കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചത് അയാൾക്ക് പെണ്ണ് കിട്ടില്ലയെന്ന് കണ്ടപ്പോൾ കൃതവർമാവും അക്രൂരും നോക്കണേ ഭഗവാന്റെ ഭക്തനാണ് അക്രൂരില് അയാളുടെ ബുദ്ധി പോയത് നോക്കൂ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി എന്താ ഗൂഢാലോചന പെണ്ണെ പോയിട്ടുള്ള മണി പോയിട്ടില്ലയാണ് പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല പെണ്ണിനെ കിട്ടാൻ പ്രയാസമില്ല മണികിട്ടാനാണ് പ്രയാസം എന്ന് പറഞ്ഞിട്ട് രാത്രി സത്രാജിതം നിവാത്യ മണിമാചകാര ആ സത്രാജിത്തിനെ വധിച്ച് അവര് മണിയെടുത്തു ഈ കാര്യം ശോകാൽക്കുരൂനവഗതാമവലോക്യകാന്താം ഹദ്രുതം സമഹർഷയസ്വാം രക്േശങ്കൈവ മൈതിലഗേ ഹിത്യ രാമോ ഗതാം സമശേഷം കൊട്ടാരത്തിലെ സേവകന്മാരിൽ നിന്നും സത്യഭാമ വിവരം അറിഞ്ഞു തന്റെ അച്ഛനെ ക്രൂരമായിട്ട് ശതതന്നൻ കൊന്നിരിക്കുന്നുവെന്ന് അത് കേട്ടതും സത്യഭാമ വേഗത്തിൽ രഥം തയ്യാറാക്കിക്കൊണ്ട് ഹസ്തിരപുരത്തിലേക്ക് പോയതാണ് ദ്വാരകയിൽ നിന്ന് അസ്ഥിനുത്തിലേക്കൊക്കെ പോകാൻ പോകണം അന്ന് എത്ര ദൂരമുണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ ക്രൂരത അവർ കാണിച്ചില്ല അച്ഛനെ കൊന്നുവല്ലോന്ന് ഭഗവാൻ ദേവിയെ സമാശ്വസിപ്പിച്ചു ഭഗവാനറിയുമ്പോൾ ഇങ്ങനെ തന്നെയൊക്കെ സംഭവിക്കുന്നുള്ളത് ഏതായാലും ദേവി ഭഗവാനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവാനാണെങ്കിലോ ശതതന്നനാണ് കൊന്നതെന്ന് കേട്ട് ശതധന്നന്റെ പിന്നാലെ രഥമെടുത്ത് ഓടിയപ്പോ ശതതന്നൻ മിഥില എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി വരെ രക്ഷപ്പെട്ടു അവിടെ വെച്ച് ഭഗവാൻ അവര് തലവെട്ടി തപ്പി നോക്കുമ്പോൾ മണി കാണാനില്ല ബലരാമസ്വാമി ഒരു മണി കാരണം ദ്വാരയിൽ നിൽക്കാൻ പറ്റുന്നില്ലേ കൃഷ്ണ ഞാനില്ലേ ദ്വാരയിലേക്ക് ഇന്ന് ബലരാമസ്വാമി മിഥിലയിലേക്ക് പോയി ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ആ സമയം നോക്കി ഈ മണിപ്പെവിടെ പോയി മണി ആ സമയത്ത് എങ്ങോട്ട് ആർക്കും കൊടുത്തു അവിടെ നിന്ന് കൃതവർമാവിന്റെ കീഴിൽ കെട്ടി കൃതവർമാവാതിന് അക്രൂരിൽ കൂർത്തു എന്നിട്ടോ അക്രൂരേഷ സത്രാജിത അക്രൂരതോ മണിമനാഹൃതവാൻ പുനഃസ്വം തസൈവഭൂതിമുപദാതമിതി ബ്രുവന്തി ആ അക്രൂരഭവതിച്ഛയായവ കുജര സത്രാദിതഹിംസാം യോജ പക്ഷതരിപ്പാട് പറയേണ്ട ഒരു പക്ഷേ ഭഗവതി യോഗം തന്നെയായിരിക്കാം അക്രൂരരെ കൊണ്ട് ആ സത്രാജ്യത്തിനെ കൊല്ലാൻ ഇടവരുത്തിയത് കാരണം അന്ന് ഭഗവാന് ഭഗവാൻ ചോദിച്ചിട്ട് കൊടുക്കാത്തത് ഇന്നിപ്പോ തന്നെ അപകടകരമായത് പറയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിതൊക്കെ കാണിച്ചിരുന്നത് നമ്മുടെ സമ്പത്ത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതേ സമ്പത്ത് പിന്നീട് നമുക്കൊരു തലവേദനയായിട്ട് വരും അത് ഇതൊക്കെ ഈ പറയുന്നത് എത്ര സത്യമാണ് നോക്കൂ ഇന്നത്തെ തലമുറകളിലേക്ക് നോക്കൂ നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഒരു പത്തും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സാകുമ്പോഴേക്കും ജോലി കിട്ടി അതും നല്ല സാലറി ഉള്ള ജോലി കിട്ടി ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും തന്നെ എല്ലാ സൌകര്യങ്ങളും ഉള്ള ജീവിതം തുടങ്ങി ഒരു കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ജീവിതം ഇനി എന്താ ബാക്കിയുള്ള കാലം ചെയ്യുക ഇനിയൊന്നും വാങ്ങിച്ചു കൂട്ടാനില്ല എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു ഇനി പണം എന്തു ചെയ്യും ഇതിങ്ങനെ സമ്പന്തകമണി പ്രസവിക്കുന്നതുപോലെ പ്രസവിക്കുകയാണ് ഈ മണി ഈ പണം എന്തു ചെയ്യും ഇത് മനസ്സിന്റെ പിന്നെ അത് ക്ലബുകളായി പിന്നെ അല്ലെങ്കിൽ ബാറുകളായി പിന്നെ ഏതെങ്കിലും വഴിക്കൊക്കെ തിരിച്ചുവിട്ട് അപ്പം നേരത്തെ ഏത് കിട്ടിയ ജീവിതം സുന്ദരമാണെന്ന് കരുതിയോ പിന്നെ അതേ സാധനം സ്വസ്ഥതയും സമാധാനവും കളഞ്ഞ് പിന്നെ ആകെ തലവേദനയെ ഇങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ തലമുറയെ കാണുന്നത് അതുകൊണ്ട് ടെൻഷനും ഡിപ്രഷനും വേണ്ടാത്തതെല്ലാം വലിച്ചു കൂട്ടി ഒരു പത്തൊൻപത് വയസ്സാകുമ്പോഴേക്കും എംബോഡിമെന്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിന് പകരം എംബോഡിമെന്റ് ഓഫ് ഡിസീസായി ഇതാണ് നമ്മൾ കാണുന്നത് കാരണം പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ആ സാച്ചുറേഷൻ വന്നു ജീവിതത്തിൽ ഇവിടെയൊക്കെയാണ് നമുക്ക് കാണിച്ചു വരുന്നത് നമ്മൾ അതേ സമ്പത്ത് നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും പക്ഷെ സത്രാദ്യത്തിന് സാധിച്ചില്ല അതുകൊണ്ട് മരണം സംഭവിക്കേണ്ടി വന്നു അവിടെ നിന്നും പിന്നീട് എവിടെ പോയി ആ സത്രാദിത്തിന്റെ കയ്യിലെ മണി അക്രൂരെടുത്തുപോയി അക്രൂരതോ മണിമനാഹൃതവാൻ ആ മണിയും കൊണ്ട് അദ്ദേഹം കയ്യിൽ വെച്ചു ഒരുപക്ഷെ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഐശ്വര്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഭഗവാൻ പിന്നീടത് അക്രൂരിൽ നിന്ന് മണി അനാഹൃതവാൻ തിരിച്ചു മേടിക്കാതിരുന്നത് എന്നിട്ടോ ഭക്തത്വ സ്ഥിരതര സഹി ഗാന്ധിനേയ തസൈവ വിജ്ഞാനവൻ പ്രശമവാൻ അഹമിത്യുതീർണം ഗർവം ധ്രുവം ശമൈതും ഇവിടെ ചോദ്യം ചോദിക്കാനാണ് പട്ടതിരിപ്പാട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തനല്ലേ അക്രൂര് പിന്നെ അയാൾ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നു ഇയാൾ കൂടെ നിൽക്കാൻ പാടില്ലല്ലോ ശരിക്കൊരു ഭക്തൻ പിന്നെ ഇയാൾ എങ്ങനെ എങ്ങനെ താഴ്ന്നുപോയിരുന്നു അപ്പം ഭട്ടതിരിപ്പാട് പറയാണ് ഗാന്ധിനേയ തൊയ് സ്ഥിരതര ഭക്ത അതിൽ സംശയമില്ല ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് പക്ഷേ കാ പദമതി കഥം ഇതെങ്ങനെയാൾക്ക് വന്ന് ജാഥ ഇതെങ്ങനെയാണ് ഈ സ്വഭാവം വന്നത് എനിക്ക് അഹം വിജ്ഞാനവാൻ പ്രശമാൻ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവിധത്തിലുള്ള ശമം കൺട്രോളിലുള്ളവനാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും എനിക്കൊരു അതപ്പതനവുമില്ല എന്നൊക്കെയുള്ളൊരു ഗർവ് ഞാൻ വലിയൊരു ഭക്തനാണെന്നൊരു ഗർവ് ഒരു പക്ഷേ ആർക്കുണ്ടായിരിക്കാം അക്രൂർക്കുണ്ട് ഈ ഗർവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഭഗവാൻ അക്രൂരർക്ക് ഇങ്ങനെ അനുഭവം കൊടുത്തത് എന്ന് പറയുന്നു ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കൂ ഒരു ഭക്തന് ഗർവ് വന്നാൽ ഞാനൊരു ഭക്തനെന്നൊരു തോതൽ വന്നാൽ തന്നെ ഭഗവാൻ അവനെ താഴ്ത്തിയിടും എവിടെങ്കിലും കൊണ്ടുപോയി അവനൊരു അപകടത്തിലേക്ക് എത്തിക്കും കാരണം അവന്റെ ആ ഗർവ് തന്നെ അവരെ അപകടത്തിലേക്ക് എത്തിക്കുന്ന ഇവിടെയാണ് അപ്പൊ ഭക്തനാവും തോറും നമുക്ക് വേണ്ടത് ദാസനെന്ന ബോധമാണ് എവിടെയാണ് അവിനയമെന്ന ബോധമാണ് അതുകൊണ്ടായിരിക്കും പട്ടതിരി ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് വിദ്യ വിനയസമ്പന്നെ വിദ്യ വർദ്ധിക്കുംതോറും വിനയം വരണം നമുക്കിന്ന് നമ്മൾ കാണുന്നത് ഭക്തി കൂടുന്തോറും ആളുകൾക്ക് ഗർവ് കൂടുതലാണ് ഞാൻ വലിയൊരു ഭക്തനാണെന്ന് അങ്ങനെയുള്ള ഈ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഞാനൊരു സ്പെഷ്യൽ ഭക്തനാണ് അപ്പോ വി ഐ പി ഭക്തൻ വി വി ഐ പി ഭക്തൻ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും വി ഐ പി ഭക്തനോ മനസ്സിലായില്ലേ ആരൊരിക്കൽ പറയായിരുന്നു ഈ ടി എൻ സ്റ്റേഷൻ ഗുരുവായൂർ വന്ന സമയത്ത് അദ്ദേഹം വി ഐ പി യിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സാധാരണ ഭക്തനാണെന്നും ക്യൂല് നിന്ന് അദ്ദേഹം തൊഴുതു എന്നാണ് പറയുന്നത് ഞാൻ സാധാരണ ഭക്തനാണ് ഭഗവാന്റെ മുന്നിൽ ഞാൻ വി അല്ല ഏറ്റവും വലിയ വി ഭഗവാൻ ഞാൻ ഇരുന്നേ അദ്ദേഹത്തിന്റെ മുന്നിൽ വിജയിപ്പിയാവാൻ ഇങ്ങനെ പറ്റിയ ഇതാണ് വിനയം ഇല്ലാത്തടത്തോളം കാലം എവിടെയെങ്കിലും കൊണ്ടുപോയി ഭഗവാൻ ഒന്ന് താഴ്ത്തിയിടും അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം ഭക്തന്മാർക്ക് അതപ്പതനം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർവുള്ള ഭക്തനും എന്ത് വരും അതപ്പദനം അതുകൊണ്ട് ഇവിടെ അക്രൂരിന് ഇത്തരം ഒരു ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കാൻ കാരണം ഞാനൊരു ഭക്തനാണെന്നുള്ളൊരു ഒരു വിചാരം അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നിട്ടോ യേന കൃതവർമ്മ യുധം പുനസ്ഥ മണിം പ്രകാശ്യ തവ്രതരെ അങ്ങനെ കൃതവർമാവിനോടടുത്ത് ഭയം അക്രൂരരെ ഭഗവാൻ വീണ്ടും വിളിച്ചുവരുത്തി എവിടെ പോയി അക്രൂരരെ അതിന്റെ എടുക്കി അദ്ദേഹം സന്യാസി വേഷമൊക്കെ ധരിച്ച് കാശി ക്ഷേത്രത്തിന്റെ അടുത്ത് പോയിരുന്നത് ലഭിക്കാൻ തുടങ്ങി അപ്പൊ ഈ മണി പ്രസവിക്കല്ലോ ഈ മണിയെടുത്ത് അദ്ദേഹം വരുന്ന ഭക്തന്മാർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കും ആളുകൾ എന്തായി കാശി ക്ഷേത്രത്തിൽ തൊഴുതേനേക്കാളും തിരക്ക് അക്രൂരുടെ മുന്നിലാണ് കാരണം സ്വർണം കിട്ടും മറ്റവിടെ പോയൊന്നും കിട്ടില്ലല്ലോ ഇത് പ്രത്യക്ഷ ദൈവമാണ് അതുകൊണ്ട് അക്രൂരിന്റെ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിച്ചു മണിസ്വാമി പേര് വന്നു അദ്ദേഹത്തിന് മണി കൊടുക്കുന്ന ആയതുകൊണ്ട് ഏതായാലും അപ്രകാരമൊക്കെ അദ്ദേഹം വളരെ പ്രസിദ്ധനായിത്തീർന്നു ആ പ്രസിദ്ധനായി തീർന്ന ആ അക്രൂരെ ഭഗവാൻ വീണ്ടും വിളിച്ചുപറ്റി കാരണം സത്യഭാമയ്ക്ക് പോലും തോന്നി മണി ഭഗവാൻ തന്നെയായിരിക്കും എടുത്ത അക്രൂരൊക്കെ കൊടുത്തത് എന്നുള്ള ധാരണയൊക്കെ വന്നപ്പോൾ അത് അല്ല അക്രൂരും ഞാനുമായിട്ട് ഇക്കാര്യത്തിൽ യാതൊരു ബന്ധുവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വരുത്തി അക്രൂർ പറഞ്ഞു കൊടുത്ത് ഭഗവാൻ ഇതിൽ യാതൊരു പങ്കുവില്ല ഇത് കൃതവർമാവാണ് എന്നെ ഏൽപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ അത് അക്രൂരെ തന്നെ ഏൽപ്പിച്ചു ഇപ്രകാരം വാമയോട് തെരുമിക്കുന്ന ഗുരുവായൂരപ്പ അനുഗ്രഹിച്ചാലും ഈ ലീലയുടെ പേരാണ് സ്യമന്തകമണ് ഈ കഥകളൊന്നും പൂർണമായി അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ എന്താ പ്രയാസം വച്ചാൽ ഒന്നാമത് രാംഭഗവാന്റെ പുത്രിയെ കല്യാണം കഴിച്ചു എന്നുള്ളത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുമ്പോൾ ഭാഗവതത്തിലെ കഥകളാണ് നാരായണീയത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭാഗവതത്തിൽ എന്തു പറയുമ്പോഴും അതിനൊരു ശാസ്ത്ര സമ്മതമുണ്ട് ആ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ വേണം നമ്മൾ കാണാൻ അപ്പൊ ഈ സെമകമണി എന്ന് പറയുന്നൊരു സാധനം എന്താണത്രേ അത് മറ്റൊന്നുമല്ല നമ്മുടെ വിവേകത്തെയാണ് സെമന്തകമണി എന്ന് പറയാം മനുഷ്യന് കിട്ടിയിരിക്കുന്ന വലിയൊരു സമ്പത്താണ് വിവേകം വിവേകം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുള്ളൊരു ബുദ്ധിയാണിത് വിവേകം നിങ്ങൾക്ക് നല്ലതും ചീത്തതും അറിയാൻ നമ്മുടെ ജീവിതത്തിൽ വസ്തുക്കളിലോ വ്യക്തികളിലോ നല്ലതും ചീത്തറിയാൻ അധികം പ്രയാസമല്ല ഉണ്ടോ കുറച്ച് ദിവസം സമ്പർക്കം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് നല്ലത് ഏത് ചീത്തത് നമ്മൾ ചീത്തത്തിന് തള്ളും നല്ലതിനെ സ്വീകരിക്കും അത് നമുക്ക് സാധിക്കും അങ്ങനെ നമ്മൾ സഹായിക്കുന്ന ബുദ്ധിയുടെ പേരാണ് വിവേകബുദ്ധി വേർതിരിച്ചെടുക്കുക എന്നാൽ നാം ഇന്ന് വിവേകബുദ്ധി ഉപയോഗിക്കുന്നത് ഭൗതിക വസ്തുക്കളെ വേർതിരിക്കാനും ഭൗതികമായിട്ടുള്ള സാധനങ്ങളെ സാമഗ്രികളെ വേർതിരിക്കാനും അതൊക്കെയാണ് അതുപോലെ വ്യക്തികളെ വേർതിരിച്ച നല്ലവൻ ചീത്തവൻ ഇതൊക്കെയാണ് ഇതേ വിവേകം നമ്മൾ മ്മളിലേക്ക് കൊണ്ടുവന്നാൽ എന്താ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാ വേർതിരിച്ചറിയേണ്ടത് എപ്പോഴും കൂടെയുള്ളതാരാണ് എപ്പോഴും കൂടെയില്ലാത്തതാരാണ് എന്ന് നമ്മൾ ബുദ്ധിക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബുദ്ധി നമുക്ക് മനസ്സിലാക്കിത്തരും എപ്പോഴും കൂടെയുള്ളത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വരശക്തി തന്നെയാണ് ആ ഈശ്വരശക്തിയേക്കാൾ മറ്റൊന്നും കൂടെ എപ്പോഴും ില്ല ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ബന്ധുക്കൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ ഉണ്ടോ എന്ന് ചെയ്യുന്നുണ്ടല്ല കൂടെയുണ്ടെന്ന് പറയാൻ പറ്റോ പറയാൻ പറ്റുമോ നിങ്ങളുടെ ശരീരം എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ മനസ്സെപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ പക്ഷെ ഉറക്കത്തിലും ശ്വാസം അകത്തേക്ക് വരുന്നു ശ്വാസം പുറത്തേക്ക് നിങ്ങളുടെ സിസ്റ്റങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ കൂടെയുള്ളതാരാണ് ഉള്ളിലുള്ളൊരു ചൈതന്യചന്ദൻ അല്ല സ്വാമി വായുണ്ടല്ലോ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ ശരിയാണ് വായുണ്ട് പക്ഷേ നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു വായു ഇല്ലാതെയും നമുക്ക് കുറച്ചുനേരമൊക്കെ നിൽക്കാം ചില ആളുകളുണ്ടല്ലോ സുനാമിയിൽ വെള്ളത്തിലൊക്കെ പോയിട്ടും അതുപോലെ എർത്ത് കൈക്ക് വന്നാൽ മണ്ണിന്റെ അടിയിലൊക്കെ പെട്ടിട്ട് ഇല്ലേ കുറച്ചു ദിവസമൊക്കെ മണ്ണിന്റെ അടിയിലൊക്കെ പെട്ടിട്ട് ആൾക്കാർ പുറത്തു വരുന്നുണ്ട് ജീവനോട് കൂടിയിട്ട് ചില ആളുകൾ കോമാ സ്റ്റേജിലൊക്കെ പോയാൽ ശ്വാസം പോലും എടുക്കുന്ന അറിയില്ല പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ ജീവനുണ്ടാവും അപ്പൊ ജീവൻ എന്ന് പറയുന്ന സത്യം തന്നെയാണ് എപ്പോഴും കൂടെയുള്ളത് അതുകൊണ്ട് ആ സത്യമാണ് കൂടെയുള്ളതെങ്കിൽ അതിനെത്തന്നെ നമ്മൾ നേടണം അതാണ് വിവേകം കൊണ്ട് നേടേണ്ടത് പക്ഷേ ഇന്ന് നമ്മുടെ വിവേകം മൃഗയാവിനോദത്തിനുപയോഗിക്കുന്നു പ്രസേനൻ മൃഗയാവിനോദത്തിന് സമന്തകമണി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥം ലൌകിക ജീവിതത്തിന്റെ വേർതിരിവിന് മാത്രമാണ് നമ്മൾ എന്തുകൊണ്ട് നടക്കുന്നത് നമ്മുടെ വിവേകം നോക്കൂ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ അതിന്റെ വിവേകശക്തി അറിയണമെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷ്മമായി കാര്യങ്ങളെ പഠിക്കണം അപ്പൊ നിങ്ങൾ ശ്വസിക്കുന്ന വായു മനുഷ്യനെ ശ്വസിക്കാൻ എന്താ വേണ്ടത് ഏത് വായു വേണം നമ്മളിത്തിരി കെമിസ്ട്രിയുടെ തലത്തിൽ ചിന്തിച്ചാൽ ശ്വസിക്കാൻ ഓക്സിജൻ വേണം അതാണ് നമ്മുടെ പ്രാണവായു അല്ലേ ഇപ്പോ അന്തരീക്ഷത്തിൽ കേവലം ഓക്സിജൻ മാത്രമാണോ ഉള്ളത് ആണോ ഹൈഡ്രജനുണ്ട് നൈട്രജനുണ്ട് പലതും ഉണ്ട് അല്ലേ കാർബൺ ഡയോക്സൈഡുണ്ട് അപകടകരമായിട്ടുള്ള വായുവുണ്ട് അതിൻ്റെ അകത്ത് ഇതിൽ നിന്നെല്ലാം ഓക്സിജൻ മാത്രം ഉള്ളിലെത്തിച്ചുകൊണ്ട് ഈ ശരീരത്തെ നിർത്തുന്ന ശക്തിയുടെ ആ വേർതിരിക്കാനുള്ള കഴിവത്രണ്ടായിരിക്കണം ഒരുപക്ഷെ സ്ഥൂലവസ്തുക്കളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വായുവിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ മാത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ വേർതിരിക്കാനുള്ള ബുദ്ധിശക്തി അപാരം തന്നെയായിരിക്കണം സംശയമുണ്ടത്തില്ലേ ഉണ്ടോ ത്രയും വലിയൊരു ശക്തി സവിശേഷത എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും എന്റെ കൂടെ ഉള്ളെങ്കിൽ ഞാൻ അതിനെ നേടാൻ വേണ്ടിയിട്ട് എതിനെ ഉപയോഗിക്കണം ബുദ്ധിയെ ഉപയോഗിക്കണം വിവേകത്തെ ഉപയോഗിക്കണം അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭക്തിയെ നമുക്ക് കിട്ടും അതാണ് ജാമ്പവതിയും പിന്നീട് സത്യഭാമി ജാമ്പവതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും സത്യഭാമ എന്ന് പറയുന്നത് ബുദ്ധിയും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വിവേകത്തോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ നിയന്ത്രണത്തിലാവും അയാളുടെ മനസ്സും അയാളുടെ ബുദ്ധിയും ബുദ്ധി എപ്പോഴും അയാളെ ഓർമ്മിപ്പിക്കും ഭഗവാൻ കൂടെയുണ്ട് മനസ്സ് പറയും എപ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് അപ്പൊ മനസ്സും അയാളെ തളർത്തില്ല ബുദ്ധിയും അയാളെ തളർത്തില്ല ഈ രീതിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഏറ്റവും ഐശ്വര്യയുക്തമായ ജീവിതം എന്നിവിടെ പറഞ്ഞു തരാനാണ് ഭഗവാൻ ശ്യമന്തകമണിയുടെ ഈ വേദവ്യാസം അറിച്ച് ഈ കഥ പറഞ്ഞിട്ടുണ്ടാവുക മനസ്സിലായില്ലേ പലപ്പോഴും നമ്മൾ വിഡ്ഢികളാണ് നമ്മൾ ഈ പൊട്ട കഥയും കേട്ടിട്ട് പോകും നമ്മൾ ഇതൊക്കെ എന്തിനാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കഥകളുടെയും ഉദ്ദേശ്യം ഓരോ വ്യക്തിയെയും കൂടുതൽ നല്ല ജീവിതം നയിക്കാനുള്ളൊരു കഴിവുള്ളവനാക്കി തീർക്കലാണ് പ്രാർത്ഥനാക്കലാണ് ഒരു അനുഭവത്തിന്റെ മുന്നിൽ തളരാതെ ഒരാളെയും അനാവശ്യമായി ക്കാതെ ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരു മനോധൈര്യത്തോടുകൂടിയിട്ട് അങ്ങനെയൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം എപ്പോഴും ഒരു ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം നയിക്കാൻ സാധിക്കണം ഇൻസ്പൈറ്റ് ഓഫ് എവ്രിതിങ് ഇറസ്പെക്റ്റീവ് ഓഫ് എവ്രിതിങ് അങ്ങനെയിരിക്കണം നമ്മുടെ ജീവിതം നമുക്ക് ചില ആളുകൾക്ക് അങ്ങനെയല്ല അവർക്ക് ഇന്ന് മൂടുണ്ടെങ്കിൽ നാളെ മൂടുണ്ടാവില്ല കാലാവസ്ഥ പോലെയാണ് ചില ദിവസം നല്ല മൂടാണ് ചില ദിവസം അവരുടെ മൂഡേ ഔട്ടാവും പിന്നെ ചില ദിവസം അവര് ദിവസം തുടങ്ങുന്നത് തന്നെ എണീറ്റ് പോയല്ലോ എന്നുള്ള സങ്കടത്തിലാണ് കാണാൻ നിങ്ങൾക്ക് സപ്താഹം കഴിഞ്ഞാല് ചില ദിവസം അവര് എന്ത് ഉത്സാഹത്തിലാണ് എണീറ്റ് വരുന്നത് പിന്നെ വേണം ചിലരുണ്ട് രാവിലെ വിളിച്ചു ചോദിക്കും ഭാര്യ വിടുന്നു പുട്ടാണോ ഇഡ്ലിയാണോ പുട്ടാണെങ്കിൽ അവര് പുട്ടുപോലെ കിടക്കും ഇഡ്ലി ആണെങ്കിൽ അവർക്ക് ഉഷാറ് വരും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് നിങ്ങൾ നോക്കൂ ഇന്നത്തെ തലമുറ നോക്കും നിങ്ങൾ തിങ്കൾ ചുവ ബുധൻ വ്യാഴം വെള്ളി ഓ എന്താ സ്പ്രിംഗ് പോലെ ജീവിതം അതിങ്ങനെ ചില പണ്ടത്തെ ക്ലോക്കുകളുണ്ടല്ലോ ചാവി കൊടുക്കുന്നത് ആ സമയം ആവുമ്പോൾ അത് ടക്ക് ടക് ടക്ക് റെഡിയാവും ശനിയാഴ്ചയായാൽ ചാവി ചെയ്യ കഴിഞ്ഞു ടാ കിടക്കണോ പിന്നെ അത് വീണ്ടും വൈദ്യമുണ്ടെങ്കിൽ ഞായറാഴ്ച രാത്രി വൈദ്യയിൽ വയ്ക്കണം വീണ്ടും തിങ്കളാഴ്ച വർക്ക് ചെയ്യും ഞായറാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ചയും നോക്കും നിങ്ങൾ എന്ത് ജീവിതമാണത് അപ്പൊ അവരെ കുറ്റം വരേണ്ടി കാര്യമില്ല കാരണം അവർ എക്സോസ്റ്റ് ചെയ്യാണ് അഞ്ചു ദിവസം ഇതിപ്പോ ഒരു അമേരിക്കൻ സ്റ്റൈലിലേക്ക് ജീവിതം വന്നു പോവാണ് അല്ലേ അപ്പ രണ്ടു ദിവസം അവർക്ക് നഷ്ടമാവുകയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരുപോലെയാക്കേണ്ടത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ് ശരീരമല്ല ശരീരവും ശരീരമാണെങ്കിൽ അല്ലാത്ത ശരീരം ഒരുപോലെയല്ലേ അപ്പം മനസ്സും ബുദ്ധിയുമാണ് മനസ്സിന് ശക്തി വേണം ബുദ്ധിക്ക് അറിവ് വേണം ഇത് രണ്ടും വേണമെങ്കിൽ വിവേകമുണ്ടാവണം വിവേകമുണ്ടോ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും സത്സംഗത്തിന് പോകുന്തോറും വിവേകം വർദ്ധിക്കും അതാണ് ഉപാസന ചെയ്യുന്തോറും ശമന്തകമണി കിട്ടി എന്ന് പറയുന്നത് എനിക്കുള്ള കഥകൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനാകുന്ന ആത്മാവിനെ നേടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വിവേകം നേടാൻ സാധിച്ചാൽ എന്നും നമുക്കൊരേ ഉത്സാഹം നിലനിർത്താൻ സാധിക്കും എന്നും നമുക്ക് ഒരു ധൈര്യം നിലനിർത്താൻ സാധിക്കും അതല്ലേ ശരിയായിട്ടുള്ളൊരു ജീവിതം അല്ലെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ നമ്മൾ കാരണം ഇത് കുറെ കാലമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ഒരു എന്താണ് ഒരു ഒരു പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ഈ കുട്ടികള് മക്കള് വീട് ബന്ധം ഇതിലിങ്ങനെ കടമാന്ന് പറഞ്ഞിട്ട് ഒരു കടത്തിലിരിക്കുകയാണ് ഇതാണ് നമ്മൾ ജീവിതങ്ങളുടെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് വേണ്ടാമല്ല പറയുന്നത് ഈ കടമകളിലൂടെ നമ്മൾ ഉയരണം കടമയിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ദിവസം ഞാൻ എന്റെ ശരീരം ഇത് വിടേണ്ടതാണ് മരണമെന്നൊരു അറിയ അനുഭവത്തിന്റെ മുന്നിൽ കടമകളൊന്നുമില്ല ഉണ്ടോ അവിടെ ഭാര്യ ഭർത്താവിന്റെ കൂടെ പോവൂ അല്ല കാര്യുന്നാല് നാ പിന്നെ എത്ര നന്നായിരുന്നു ഭാര്യ പോകുമ്പം ഭർത്താവും പോവുക ഭർത്താവും പോകുമ്പം ഭാര്യയും പോവുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആരും കല്യാണം കഴിക്കില്ലേ പിന്നെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് വെക്കുക ഒരു നിയമം വെച്ചുമായിരിക്കുക ഭാര്യ ഭർത്താവ് മരിച്ചാൽ ഉടനെ ഭാര്യയും കൂടെ മരിച്ചോളന്ന് മിക്കവാറും ആൾക്കാർ പറയുന്ന നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയും ആരും പോകട്ടേ ബുദ്ധിമുട്ടാണത് ഇന്നിപ്പം അങ്ങനെ പോകേണ്ട എന്നുള്ളൊരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതം അവസാനം കൊണ്ടുപോകേണ്ടത് നമ്മളാണ് വാർദ്ധക്യം വന്നാൽ ഒരാൾക്കും ഒരാളെയും സഹായിക്കണം തളർന്നു കിടന്നാൽ ഒരു ഭർത്താവിനും ഭാര്യയെ സഹായിക്കാൻ സാധ്യല്ല ഉണ്ടോ നിങ്ങൾ ഈ പറയുന്ന കടമകളൊക്കെ വല്ലതുണ്ടാവുമ്പപ്പോഴേ അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ നമ്മൾ ഉയർത്തിക്കൊള്ളണം എന്നാ പിന്നെ മനസ്സ് തളരില്ല ശരീരം തളർന്നാലും തളരാത്തൊരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത് പറയാനായിരിക്കാം ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയാണ് ഇനി അടുത്ത കഥയാണ് ഭഗവാൻ യെ കല്യാണം കഴിക്കുന്നതും തുടങ്ങിയിട്ടുള്ള പതിനാറായിരത്തെട്ട് കല്യാണം ഉണ്ടല്ലോ ആ കല്യാണം മുഴുവൻ പറയാണ് അതിന്റെ ഇടയ്ക്ക് സുഭദ്രാഹരണം കൂടി പട്ടതിരിപ്പാണ് കൂട്ടിച്ചേർത്തു ീത്തിനോഹസ്തിപുര്യാം സംവിധായ സത്യഭാമയെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന കാലം പറയണു സ്നിഗ്ധാം സത്യഭാമം അങ്ങനെയിരിക്കേ അങ്ങൊരിക്കല് യാക്യസേനി വിവാഹം യാഥ യാക്സേനി എന്ന് പറഞ്ഞാൽ പാഞ്ചാലി പാഞ്ചാലിയുടെ വിവാഹത്തിന് ഭഗവാൻ പോയി എന്നിട്ടോ പാർത്ഥ അസ്ഥിപുരിയാമനാ കാസ്ഥിത കുന്തിപുത്രന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അസ്ഥിരപുരിയിൽ കുറച്ചു കാലം താമസിച്ചു അങ്ങനെയിരിക്കെ അവര് രാജ്യം വിഭജിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ശക്രപ്രസ്ഥം പുരാം സംവിധായ ഭഗവാൻ ദേവശില്പിയായിരിക്കുന്ന വിശ്വകർമാവിനെക്കൊണ്ട് പാണ്ഡവന്മാർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നൊരു രാജ്യം കൊട്ടാരം പണിപ്പിച്ചുകൊടുത്തു എന്നിട്ടോ ഭദ്രാം ഭവവരജാ കൗരവേനമാനം ദ്മഹൃതസ്കരീ ശക്രസൂനൂ തുദ്ധം ബലമനുദയൻ പ്രത്യാസ്താധം ശക്രപം പ്രിയസകുദേ സത്യവാസായ ശക്രസൂനൂ ഇന്ദ്രപുത്രനായ അർജുനൻ കപടസന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് പറയാണ് കൗരവേനത്യമാനം തമ്പദ്രാ ബലഭദ്രസ്വാമി മിഥിലയിൽ താമസിക്കുമ്പോൾ ദുര്യോധനെ ശിഷ്യനായി കിട്ടി ഗതായുദ്ധം പഠിപ്പിച്ചുകൊടുത്തു അങ്ങനെ ഗതായുദ്ധം പഠിപ്പിച്ചുകൊടുക്കുന്ന സമയത്ത് പറഞ്ഞു എന്റെ സഹോദരിയെ അങ്ങേക്ക് വിവാഹം കഴിച്ചതാണ് ആരോട് ദുര്യോധനോട് ആരെ ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയെ എന്നിട്ടോ അതൊക്കെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ അർജുനൻ അറിയുന്നത് സുഭദ്രയെ ദുര്യോധന്റെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അർജുനൻ കപട സന്യാസി വേഷം കെട്ടിക്കൊണ്ട് ദ്വാരകയിൽ ചെന്ന് കൂടി ഭഗവാന്റെ സഹായത്തോടുകൂടി ഒരിക്കൽ ബലരാമസ്വാമിയും കൃഷ്ണനും പുറത്തുപോയ സമയം നോക്കിക്കൊണ്ട് ഭഗവാൻ തന്നെ ഒരുക്കിക്കൊടുത്ത രഥത്തിൽ കയറിക്കൊണ്ട് സുഭദ്രയും അർജുനനും രക്ഷപ്പെട്ടു എതിരോ അത്യന്തം ക്രുദ്ധം ഞാൻ എന്റെ സഹോദരിയെ ദുര്യോധന കൊടുക്കുന്നുവന്നാ കൊടുത്തിരിക്കും അവനെ അവളെ ആര് തട്ടിക്കൊണ്ടുപോയാലും ഞാൻ അവനെ കൊന്ന് സുഭദ്രയെ കൊണ്ടുവരും എന്നൊക്കെട്ടഹസിച്ചു ബലഭദ്രസ്വാമി ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ജേഷ്ഠ അങ്ങനെയല്ല അപകടം ഉണ്ടായത് വാസ്തവത്തിൽ അർജുനനല്ല അപഹരിച്ചതെന്ന് പിന്നെ ആരപഹരിച്ചു എന്താ കൃഷ്ണ കൂട്ടുനിന്നിട്ട് നീയാണിതൊക്കെ ചെയ്തതെന്ന് ഇവിടെ പറഞ്ഞു ജേഷ്ഠ ചോദിച്ചു നോക്കൂ കാവൽക്കാരോട് ചോദിച്ചു ആരാണ് സുഭദ്രയെ കട്ട് കൊണ്ടുപോയതെന്ന് സുഭദ്രയെ അർജുനൻ കട്ടുകൊണ്ടുപോയോ എന്ന് ആരാ രഥമോടിച്ചത് ഭഗവാൻ ചോദിച്ചപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു സുഭദ്ര അർജ്ജുനെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നു ബലരാമസ്വാമിക്ക് ആകെ മോശത്തരായി സ്വന്തം സഹോദരി സന്യാസിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ ഉണ്ടാതിരിക്കാൻ പറഞ്ഞിനി എന്ത് അവർക്ക് കല്യാണം കഴിച്ചു നിശ്ചയിച്ചു എന്നിട്ടോ കല്യാണമൊക്കെ ഗംഭീരമായി നടത്തിക്കൊണ്ട് തത്ര കീടന്ന വിജയമുനാകുലദൃഷ്ട്യാം ഗൃഹീത്യം നഗരമകേതാഗ്നിതത്രം പ്രണയവിവചാം ദേവപൈതൃഷ്യസേയും രാജ്ഞാമേത്രമന്തി അങ്ങനെ ഭഗവാൻ ഒരിക്കൽ ക്രീടൻ നവി യമുനാകുല ദൃഷ്ടം ഒരിക്കൽ യമുനാ നദിയുടെ തീരത്തുകൂടെ അർജുനന്റെ കൂടെ ഭഗവാൻ ക്രീടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉണ്ടൊരു പെൺകുട്ടി ധ്യാനിരിക്കുന്നു അർജുനൻ ചെന്നു ഭവതി ആരാണ് അവിടെ പറഞ്ഞു സൂര്യപുത്രി കാളിന്തിയാണ് ഭവതി ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്നത് ഉത്തമനായൊരു ഭർത്താവിനെ കിട്ടാനാണെന്ന് അർജുനൻ ചോദിച്ചു ഞാൻ മതിയോ അവിടെ ഒരാട്ട് വെച്ച് കൊടുത്തു അപ്പൊ പിന്നെ ആരാവോ വേണ്ടത് സാക്ഷാൽ കൃഷ്ണനെയാണെന്ന് എന്നാ കാത്തിരിക്കേണ്ട ഭൗതി എണീറ്റോളൂ എന്തിനാണത് ആ പാർട്ടിയുടെ കൂടെ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ കാളിന്തിയും കൂട്ടി കൃഷ്ണന്റെ അടുത്തേക്ക് അപ്പൊ കൃഷ്ണൻ ചോദിച്ചു കൃഷ്ണൻ അറിയില്ല എന്താ കാര്യം എന്ന് അർജുന നീയും തുടങ്ങിയ എന്നെപ്പോലെ കലക്ഷൻസ് എന്നാണ് പോരത്തൊക്കെ ഓരോരുത്തരെ പറഞ്ഞു എനിക്കല്ല അങ്ങനെ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഞാൻ തന്നെ കലക്ട് ചെയ്തോളാം നീയും കൂടി കളക്ട് ചെയ്യാൻ എല്ലാവരും കൂടി പിന്നെ കലക്ഷൻ കൂടുക വേണ്ട ഏതായാലും കാളിന്ദി ഭഗവാനെ തന്നെ സ്വീകരിക്കാൻ പ്രതിജ്ഞ ചെയ്തവളാണ് കാളിന്തിയെ സ്വീകരിച്ചു എന്നിട്ടോ അവിടെ നിന്നില്ല അത് കഴിഞ്ഞ് കാാണ്ഡവ വനം ദഹിപ്പിച്ച് അഗ്നിദേവനെ പ്രീതിപ്പെടുത്തി അർജുനന് ഗാന്ഡവം ഗാന്ഡീവം എന്ന ധനസ് നേടി നല്ല രഥമൊക്കെ കിട്ടി അതിനുശേഷം പിന്നീട് ഒരിക്കൽ ഭഗവാൻ മറ്റൊരു കല്യാണം കഴിക്കുകയാണ് അതാരാണ് തന്റെ അച്ഛന്റെ സഹോദരിയായിരിക്കുന്ന രാജാദിദേവിയുടെ പുത്രി അവളുടെ പേരായിരുന്നു മിത്രവിന്ധ്യ വിന്ദനെന്നും അനുവിന്ദനെന്നും രണ്ട് സഹോദരന്മാർ അവൾക്കുണ്ടായിരുന്നു അവരെയൊക്കെ കൂടി ചേർന്ന് ദുര്യോധനന്റെ കല്യാണം കഴിച്ചു കൊടുക്കാൻ രാജ്ഞാമധ്യേ സമതിവിന്ധ്യാമവന്തി അവന്തിയിലെ മിത്രവിന്ധ്യയെയും അപഹരിച്ചുകൊണ്ടുവന്നു എന്നിട്ടോ സത്യാം ഗത്വ പുനരുതഹോ നക്തചിന്നാം ഭസപ്താൻ സപ് സപ്തമൂർത്തിന്റെ മേശാ ഭദ്രാം സന്ദർധനാൽ സോധര്യാവര സോഭി ദൃഷ്യസൈ അങ്ങനെ ഭഗവാൻ ഒരിക്കല് നഗ്നജിത്ത് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പുത്രിയെ കല്യാണം കഴിക്കാൻ അയാൾ ഡിമാൻഡ് വെച്ചു ഓരോ കല്യാണത്തിന് ഓരോ ഡിമാൻഡ് ഉണ്ടാവില്ല നൂറ്റൊന്ന് പോകാൻ എത്രയൊക്കെ തരം നോക്കള് ഇവിടെ അച്ഛൻ മകളുടെ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഏഴ് കാളകളെ മൈതാനത്തിലേക്ക് അയച്ചുവിടും ഇതിനെ ആരാണോ കെട്ടിയിടുന്നത് അവർക്ക് പെണ്ണിനെ കെട്ടി കൊടുക്കും ഇന്നാണെങ്കിൽ പ്രയാസം തന്നെയാണേ ഏതായാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പോയി ഏഴ് രൂപങ്ങളെടുത്ത് അങ്ങനെ കാളകളെ കെട്ടി കാളകളെ കെട്ടിയപ്പോൾ സത്യ എന്ന് പറയുന്ന പെൺകുട്ടി ഭഗവാനെയും കെട്ടി അങ്ങനെ ഭഗവാൻ സത്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കെട്ടി ഇനി അവളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ബലരാമസ്വാമിയൊക്കെ എന്താ കൃഷ്ണങ്ങനെ പോകുന്നത് ഒറ്റയ്ക്കാണ് ഇതെങ്ങനെയാ എഴുതി കെട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞു ഏഴ് കാളങ്ങളെ കെട്ടിയപ്പോ ഇവളെ എന്നെ കയറി കെട്ടി അങ്ങനെ ഒരു സത്യേയും കിട്ടി അത് കഴിഞ്ഞിട്ടോ മറ്റു അച്ഛന്റെ സഹോദരിയുടെ പുത്രിയായിരുന്നു വേറൊരു കുട്ടി അവളുടെ പേരായിരുന്നു ഭദ്ര ആ ഭദ്രയെന്ന് പറയുന്ന കുട്ടിയെ കെ കെ രാജാവിന്റെ പുത്രിയായിരിക്കുന്ന അവളെ ഭഗവാൻ അവളെ അപേക്ഷിച്ചനുസരിച്ച് അവളെയും ഭഗവാൻ കല്യാണം കഴിക്കുകയാണ് അവര് കണ്ണികാദാനം ചെയ്ത് ഭഗവാന് കൊടുത്തതാണ് എന്നിട്ടോ പാർരാദ്യേ അഭികൃതകൃതലവനം തോയമാത്രിക്ഷ്യം ലക്ഷം ചിത്രപലലമവുദക്ഷ്മണ്രഗന അഷ്ടോ തവസമഭവൻ വല്ലഭാത്ര മധ്യേ ശുശ്രോതം സുരപതികിര ഭൗമധുശ്ചേറ്റിദാന ഇങ്ങനെ പാർദ്ദീ പാർത്ഥന്മാർക്കും ഛേദിക്കാൻ പറ്റാത്ത ശബരം ലക്ഷം ചിത്വ മത്സ്യത്തെ മുറിച്ചുകൊണ്ട് അതായത് താഴെയുള്ള വെള്ളത്തിൽ മത്സ്യത്തിന്റെ പ്രതീകം വന്ന് അതിനെ അമ്പെയ്തു കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാധിച്ചു അതാരായിരുന്നു മദ്രരാജാവിന്റെ പുത്രിയായിരിക്കുന്ന ലക്ഷ്മണ എന്ന് പറയുന്ന അങ്ങനെ ഒരു കല്യാണം കൂടി കഴിഞ്ഞു വേണ്ടാത്തതിനൊക്കെ ഭഗവാൻ പോകും അവിടത്തൊക്കെ കിട്ടുന്നത് ഓരോ പെൺകുട്ടികളാണ് അതും കഴിഞ്ഞിട്ടോ മറ്റൊരു സംഭവം ഉണ്ടായി അതെന്താണ് ദേവേന്ദ്രൻ ഒരിക്കൽ ഭഗവാനെ കാണാൻ വേണ്ടി വന്നു എന്തിനാകോ വന്നത് ദേവേന്ദ്രന്റെ അമ്മയുടെ കമ്മല് കട്ടുകൊണ്ട് ഇവിടുത്തെ അവന്റെ പേര് നരകാസുരൻ എന്നായിരുന്നു അന്നുകൊണ്ട് ഈ കള്ളന്മാര് ദേവലോകത്തിൽ പോയി കക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നത്തെ കളം ഒന്നും ചില്ലറ കളമല്ല അതൊന്നൊരു കാര്യമായിട്ടെടുക്കേണ്ട കാര്യം ചെയ്യാം അവിടെ പോയി കട്ടു പറഞ്ഞാൽ അതും കമ്മലെടുക്കാൻ വേണ്ടി അവിടെ പോണോ എത്ര ജ്വല്ലറി ഉണ്ടോ അവിടെ അവിടെ ഇന്ന് പോയില്ലയാള് ഞാൻ അവിടെ ചെന്ന് കമ്മല് കെട്ടു നീ അതും വരുണലോകത്തിൽ വന്ന അയാളുടെ കൊടയും കെട്ടുകൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ നരകാസുരൻ അപ്പൊ ഇവര് വേറൊരു കുഴപ്പമുണ്ട് അതെന്താണ് ഇവൻ റോട്ടിലിറങ്ങിയാൽ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടാൽ ഇവരെ പിടിച്ചുകൊണ്ടു എന്നിട്ട് ഇയാൾ കല്യാണം കഴിക്കാൻ വേണ്ടി കലക്ട് ചെയ്തിരിക്കുകയാണ് പതിനാറായിരം എണ്ണം പോരെ അങ്ങനെയൊരു മോഹം ഗിന്നസ് ബുക്കിൽ പേര് വരാൻ അറിയില്ല അങ്ങനെ പതിനാറായിരം പെൺകുട്ടികളൊക്കെ ഇയാൾ സംഘടിപ്പിച്ചു ഇതറിഞ്ഞ ഭഗവാൻ അവിടെ നിന്നും പോവുകയാണ് എങ്ങോട്ട് അവന്റെ കൊട്ടാരത്തിലേക്ക് അവന്റെ കൊട്ടാരത്തിന്റെ പേരായിരുന്നു പ്രാഗ്ജ്യോതിഷപുരം എന്നിട്ടോ സ്മൃതയാതം പക്ഷി പ്രവരമതിരൂഢ സമഗമോ വഹന്നേവാ മാവവനവിവാധിപനം വിഭിന്ന ദുർഗാണി ത്രുടിത പുരം താവൽ സ്മരിച്ച മാത്രയിൽ തന്നെ അവിടെ ഗരുഡൻ വന്നു ചേർന്നു അവന്റെ പുറത്തേറി അങ്കേ ഭാമാംബഹൻ തന്റെ മടിയിൽ അരയിരുത്തി സത്യഭാമയെത്തിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് അരാധിനഗരം അവന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചു അവിടുന്ന് ദുർഗാഠി വിബിന്ദൻ പ്രയാസകരമായ ദുർഘടങ്ങളായിരിക്കുന്ന അവന്റെ കൊട്ടാര മതിലുകളെയൊക്കെ തകർത്തുകൊണ്ട് ഭഗവാൻ പ്രാഗ്ജ്യോതിഷം പുരോക്ഷോണിതപുരം അവന്റെ പ്രാജ്യോതിഷപുരം എന്ന് പറയുന്ന കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് എന്നിട്ടോ മുരത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാതുതപദൽ സ ചക്രേചക്രേന പ്രതലിതശിരാമുദ ചതുവലപതിവിരന്താര സമരം യഥാങ്കേച്ചിത്വ നരകമകരോത്തീർണ നരകം അങ്ങനെ അവന്റെ കൊട്ടാരത്തില് വലിയ വലിയ കിടങ്ങളുണ്ട് ആ കിടങ്ങിൽ നിന്നൊരുത്തൻ പുറത്തുവന്നു ആരാണത് കുരൻ എന്ന് പറയുന്ന പഞ്ചാസ്യമുര ജനധീവന മദ്യാൾ ത്വം ഉപതദൽ അഞ്ച് അവന് മുരൻ എന്ന് പറയുന്ന അസുരൻ അവരഞ്ച് തല ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അഞ്ച് തലയിൽ അവൻ ഭഗവാന്റെ നേരെ ചാടി വന്നിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഭഗവാൻ അവനെ വധിച്ചതിന് ശേഷം പിന്നീട് ആലകളെയൊക്കെ ആലകളൊക്കെ യുദ്ധത്തിന് വന്നു വധിച്ചുകൊണ്ട് ഭഗവാൻ പിന്നീട് രദാങ്കേനജിത് തീർണനരകം പിന്നീട് ഭഗവാൻ അവിടെ വച്ചിട്ട് ആ നരകാസുരനെയും വധിക്കുകയാണ് എന്നിട്ടോ സ്തുതോ ഭൂമ്യ രാജ്യം സപതിപകത്തോ സേ ഗജം ദജിജുരി ഗജം ചൈകം ദജിഗൈതാഗാന്യജപുരിം ുന സഹസ്രാണി സ്ത്രീണാമിജതനരാശിഞ്ച വിപുലം സപതി ഭൂമിയാസ്തു ഭൂമിദേവി വന്ന് സ്തുതിക്കാൻ തുടങ്ങി ആ ഭൂമിദേവിയുടെ സ്തുതിയെട്ട് ഭഗവാൻ നരകാസുരനെ വധിച്ചതിനുശേഷം ഭഗദത്തേ രാജ്യമേകം അവന് രാജ്യവും കൊടുത്തു ഏകം ഗജം ദ ഒരു ആനയെയും കൊടുത്തു ബാക്കിയെല്ലാം ഭഗവാൻ കൊണ്ടുവന്നു എന്നിട്ട് അവിടുന്ന് അവന്റെ സ്വന്തത്തെ മുഴുവൻ കൊണ്ടുവന്നു സ്വഗത മനസാം സ്ത്രീനാം ഭഗവാനിൽ തന്നെ മനസ്സുവെച്ചിരിക്കുന്ന ഷോഡശ സഹസ്രാണി പതിനാറായിരം പെൺകുട്ടികളെയും ഭഗവാൻ ധനരാശ്യം അവരെയൊക്കെ കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നതാണ് ഇങ്ങനെ പതിനാറായിരം പെൺകുട്ടികളെ ഭഗവാൻ മുക്തമാക്കിയത്രേ ആ പതിനാറായിരം പെൺകുട്ടികളും അവരോട് ഭഗവാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോവാം അപ്പൊ അവർ പറഞ്ഞു ഭഗവാനെ അങ്ങേയിലാണ് ഞങ്ങൾ മനസ് വെച്ചിരിക്കുന്നതെന്ന് അങ്ങിക്കെട്ടായി അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പതിനാറായിരം പെൺകുട്ടികളെയും ഭഗവാൻ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടോ ഹൗമാപൃതകുണ്ഡലം തദതി പ്രയാദോ ദിവം ശക്രാമഹിതസമം തതിദയാ ദുസ്ത്രേഷു ദത്തഹ്രിയ ഹൃത്യാ കൽപ്പതരം ദൃഷാഭിപതിതം നിത്യേന്ദ്രമവ്യാഗമ തത്തുശ്രീമദോഷീ ദശൈദീ വ്യാഖ്യതമേവാ